യം മമ കളയേപുപാസനം യമിതയോര്യ പുഷ്ടവഷ്ടിമാര്യദദാതിര്യമൈ ആപ്ലവാദിശ്ച പാവിത ഭാഗവതത്തില് ഇത്തരത്തിലുള്ള യോഗസാധന വർണ്ണന ആരംഭത്തിലില്ല അവിടെ പ്രപഞ്ചത്തിനെ മുഴുവൻ വിശ്വം മുഴുവൻ ഭഗവത് സ്വരൂപമായി കാണാനായി ശുഖബ്രഹ്മ മഹർഷി ഭാഗവതം ആരംഭിക്കുമ്പോൾ പരീക്ഷത്തിന് ഉപദേശിക്കുക സർവസംഘ പരിത്യാഗിയായിട്ട് ഇരിക്കുന്ന പരീക്ഷത്ത് ഏഴാമത്തെ ദിവസം തക്ഷകം കടിക്കാൻ പോണു തക്ഷകദംശ ഏറ്റവും മരണം എന്ന് മുമ്പിൽ കണ്ടു കഴിഞ്ഞു അപ്പൊ നേടിയെടുത്ത സമ്പത്ത് മുഴുവൻ കള്ളം എന്ന് പരീക്ഷത്തിന് മനസിലായി എന്താന്ന് വെച്ചാൽ എടുത്താ സമ്പത്ത് രാജ്യാധിപത്യം ഒക്കെ തന്നെ ഒരു ബ്രാഹ്മണകുട്ടി നാവ് വായിന്ന് പുറത്തിട്ടതോടുകൂടെ പോയി അപ്പൊ അത്രയേ ഉള്ളൂ അതിന് വാസ്തവികത മുഴുവൻ ഒരു ശാപം കൊണ്ട് നഷ്ടമായി എന്നുള്ളപ്പോ ഇതിന് എന്ത് വാസ്തവികതയാളുള്ളത് ഇപ്പൊ ഈ രാജ്യവും സമ്പത്തും ഒക്കെ കള്ളം ഇതൊന്നും നാളേക്ക് നിലനിൽക്കാത്തത് എന്ന് കണ്ട് വലിച്ചെറിഞ്ഞു ആദ്യമേ നിശ്ചയിച്ചതാണ് ഇതൊക്കെ അനിത്യം എന്ന് ഇപ്പൊ ഈ ശാപം ഏർപ്പെട്ട് മരണം മുമ്പിൽ കണ്ടതോടുകൂടെ വിമർശിതൗഹേതയാ പുരസ്ഥാത് പണ്ടേ വിമർശനം ചെയ്തു വെച്ചതാണ് ഇതൊക്കെ കള്ളമാണെന്ന് ഇപ്പൊ നല്ലവണ്ണം ഉറപ്പായി നല്ലവണ്ണം ഉറപ്പായി ഭഗവാൻ മാത്രം സത്യം കൃഷ്ണാഗ്രി സേവാം അധിമന്യമാന ഭഗവാൻ മാത്രം സത്യം ഭഗവത് സേവ ഭഗവത് ഭജനം മാത്രം സത്യം എന്ന് നിശ്ചയിച്ച് മരണത്തിനെ മുമ്പില് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാരും മരണത്തിനെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അറിയുന്നില്ല അത്രയേ ഉള്ളൂ എപ്പോ വേണമെങ്കിലും വരാം അല്ലെ ഏഴ് മിനിറ്റോ ഏഴ് സെക്കൻഡോ ഏത് നിമിഷം വേണമെങ്കിലും വരാം പക്ഷേ അറിയണില്ല അതാണ് മായ യുധിഷ്ഠിരൻ മഹാഭാരതത്തിൽ പറഞ്ഞു എന്താണ് ഏറ്റവും വലിയ അതിശയം ലോകത്തിൽ അത്ഭുതം എന്താന്ന് വെച്ചാൽ ഓരോ ദിവസം കഴിയുമ്പോഴും എത്രയോ പേര് മരിച്ചുകൊണ്ടിരിക്കുന്നു അഹന്യഹനി ഭൂതാനി ഗച്ഛന്തീഹ യമാലയം എന്നിട്ടോ ശേഷാഹാസ്താവരമിച്ചന്തി കിമാശ്ചര്യമതപരം ബാക്കിയുള്ളവർ ആർക്കും അവർക്ക് മരണം വരും തോന്നില്ല മരിച്ചവരെ കൊണ്ട് അത് കുറിച്ച് ആലോചിച്ച് പരിതപിക്കണം ഓ പാവം പോയി വേ ഇത്ര ചെറുപ്പത്തിൽ പോയി അന്യായമായി പോയി എന്നൊക്കെ പറയും രാമായണത്തിലെ ഭരതൻ രാമനെക്കുറിച്ച് കരയുമ്പോ രാജ്യമൊക്കെ ഉപേക്ഷിച്ചിട്ട് വന്നുവല്ലോ എന്ന് പറഞ്ഞ് കരയുമ്പോ രാമൻ പറയണു എന്നെ കുറിച്ച് എന്തിനാലോചിച്ച് കരയണത് തന്നെ ആലോചിച്ച് കരയൂ ആത്മാനം അനുശോചത്വം കിമന്യം അനുശോചക്സി മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ച് എന്തിനാ കരണത് അവനവനെ കുറിച്ച് ആലോചിച്ച് കരയങ്ങ് എപ്പൊ വേണമെങ്കിലും മരണം വരാം അടുത്ത് വന്ന് നിക്കണു മുമ്പിൽ നിൽക്കണു അയാൾ മാത്രം വിട്ടിട്ട് പോവില്ല അങ്ങനെയുള്ളപ്പോ മരണത്തിനെ മുമ്പിൽ കണ്ടാലോ മരണത്തിനെ ജയിക്കാൻ മഹേഷനെ ശരണം ചെയ്യാം അപ്പൊ തന്നെ ഭഗവാന് ശരണാഗതി അല്ലാതെ മരണത്തിന്ന് എവിടെ രക്ഷ മരണത്തിന് രക്ഷുണ്ട് ആത്മജ്ഞാനം മരണം ആത്മാവിന് മരണമില്ല എന്നുള്ളത് അറിയണം എന്നിട്ട് ശരീരത്തിനെ വിട്ടുകളയണം വിട്ടുകളയണം എന്ന് വെച്ചാൽ ശരീരം ഞാനല്ല എൻ്റെതല്ല എനിക്ക് വേണ്ടതല്ല എന്ന് അറിയണം ശരീരം ഇപ്പോഴേ മരിച്ച വസ്തുവാണ് ശരീരത്തിന് ഇപ്പോഴേ ജീവനൊന്നുമില്ല ശരീരത്തിന് ജീവനുണ്ടെന്ന് ആര് പറഞ്ഞു ശരീരം ഒരിക്കലും ഞാൻ ഞാൻ എന്നൊന്നും ജഡം ഒരുപാട് ആചാരം ഒരുപാട് ശുദ്ധം നോക്കണ ഒരു അമ്മ രമണാശ്രമത്തിൽ ഉണ്ടായിരുന്നുവേ ആ അമ്മക്ക് ൊക്കെ ജ്ഞാനം ഉണ്ടാക്കാൻ വേണ്ടി മഹർഷി ഒരു ദിവസം ഇങ്ങനെ അടുക്കളയിൽ പണി ചെയ്തോണ്ടിരിക്കുമ്പോ കടകുമാ അങ്ങ് കൈകൊണ്ട് തൊട്ടു അടുത്ത ദിവസം ആ ഭരണിയിലുള്ളത് മുഴുവൻ കേടുവന്നു പോയി അപ്പൊ മഹർഷി പറഞ്ഞു കണ്ടോ പാത്തയാണത്താലൊട അതുവേ കെട്ടുപോച്ച് ശരീരത്തിനെ പണം പിണം പിണം കുണപം പിണം എന്ന് ശവം ഈ ശവം കൊണ്ട് തൊട്ടതോടുകൂടെ അത് കേടുവന്നു പോയി അങ്ങനെയുള്ളപ്പോ ഈ ശരീരത്തിന് എന്ത് നിത്യത ഇതിനെന്ത് ശുദ്ധി ഇതിനെങ്ങനെ ശുദ്ധമാക്കാൻ പറ്റും ഇത് ചൈതന്യമാണോ ജഡം ഭാഗവതത്തിൽ വേറൊരു വിധത്തിൽ പറയും ഇന്നക്ക് വെച്ച അന്നം നാളക്ക് നാറിപ്പോണു അങ്ങനെയുള്ള അന്നം കൊണ്ട് പുഷ്ടിപ്പെട്ട ശരീരത്തിന് കാണാമ നിത്യത എവിടെ നിത്യത്വം അങ്ങനെയുള്ള ഈ ജഡമായ ശരീരം ജഡമാണെന്ന് അറിഞ്ഞ് തള്ളിക്കളഞ്ഞ് ഇനി ആത്മജ്ഞാനം ഉണ്ടാവണം ആത്മാവിനെ കണ്ടെത്തണം മരിക്കുന്നതിന് മുമ്പ് ആത്മാവിനെ കണ്ടെത്തിയാൽ മരണമില്ല മരണമില്ല ഉറപ്പായിട്ട് അറിയാം ശരീരം മരിക്കുന്ന വെച്ചാൽ ശരീരത്തിന് എപ്പോഴുമേ മരണമുണ്ട് മരിച്ചു ആത്മാവിനെ കണ്ടെത്തിയാലോ ഉള്ളിലുള്ള മനസ്സിനെ പരിഭാഗപ്പെടുത്തി ഇല്ലാതാക്കിയാൽ ഉള്ളിൽ നിന്ന് മരണം പോയി മരണം എന്ന് വെച്ചാൽ വാസ്തവത്തിൽ എന്താണ് ശരീരത്തിനെ വിട്ട് ഈ ജീവൻ വേറെ ശരീരത്തിലേക്ക് കയറിപ്പോകുന്നു ആ ജീവനെ ശരീരം ഉള്ളപ്പോ തന്നെ ആത്മജ്ഞാനം കൊണ്ട് ജീവത്വഭാവനയെ ഇല്ലാതാക്കണം ബോധം തെളിഞ്ഞു വരണം ആത്മാനുഭവം പ്രകാശിച്ചു വരണം ഞാൻ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നും തന്നെ അല്ല ബ്രഹ്മമാണെന്ന് അറിയണം അപ്പൊ പിന്നെ മരണം ആർക്ക് ആര് മരിക്കും എവിടെ മരണം മരണം എന്താന്ന് ആരാഞ്ഞു നോക്കിയാൽ മരണമേ ഇല്ല കാരണം മരിക്കണവൻ ഒരാളില്ല ആർക്ക് മരണം എനിക്ക് മരണം ഈ ഞാൻ ആര് എനിക്ക് മരണം എന്ന് തോന്നുമ്പോ തന്നെ ഈ മരിക്കണേ ഞാൻ ആര് എന്ന് വിചാരം ചെയ്ത് നോക്കണം മരിക്കണേ ഞാൻ ആര് എന്ന് വിചാരം ചെയ്ത് നോക്കിയാൽ ഞാൻ എന്നുള്ളത് ശരീരമല്ല ഞാൻ എന്നുള്ളത് മനസ്സുമല്ല ഞാൻ എന്നുള്ളത് ബുദ്ധിയുമല്ല അഹങ്കാരവുമല്ല പിന്നെ ഞാൻ ആരാണ് അസ്തിത്വം എപ്പോഴും ഉള്ളത് എപ്പോഴും ഉള്ളത് ഒരിക്കലും ഇല്ലാതാവില്ല ഉള്ളതിന് ഒരിക്കലും ഇല്ലാതാവില്ല ഇല്ലാത്തതിന് ഒരിക്കലും ഉണ്മയും ഇല്ല ഈ ശരീരം മനസ്സ് മുതലായിട്ടുള്ളത് നിരന്തരം മരിച്ചു കൊണ്ടിരിക്കുകയാണ് ജനിച്ചപ്പോ ഉള്ള ശരീരം ഇപ്പൊ ഇല്ല അത് മരിച്ചു കഴിഞ്ഞു ഏഴുവർഷത്തിനുള്ളിൽ ശരീരത്തിലുള്ള ഓരോ കോശവും മരിച്ചിട്ടുണ്ടാവും വേറെ കോശങ്ങൾ വന്നിട്ടുണ്ടാവും ഇപ്പൊ ശരീരം മരിച്ചു കൊണ്ടേ ഇരിക്കുന്നു കഴിഞ്ഞാൽ കൗമാരം മരിച്ചിട്ട് യൗവനം വരുന്നു യൗവനം മരിച്ചിട്ട് വാർദ്ധക്യം വരുന്നു എല്ലാം മരിച്ചു പോകുന്നു അതേപോലെ തന്നെയാ മരണവും അതേപോലെ മനസ്സും അനുക്ഷണം മാറിക്കൊണ്ടേ ആ മനസ്സിനെയും ശാശ്വതമായിട്ടും ഒരേപോലെ വെക്കാൻ പറ്റില്ല ബുദ്ധി പരിണമിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നും തന്നെ ശാശ്വതമായ വസ്തുക്കളെല്ലാം ഇതൊക്കെ ജഡം ജഡത്തിന് ജഡമാണെന്ന് അറിയ ചൈതന്യത്തിന് ചൈതന്യമാണെന്ന് അറിയ അതാണ് മുക്തി അതിവിടെ തന്നെ മുക്തിയാണ് തത്വജ്ഞാനം ജഡം ജഡമാണ് ചൈതന്യം ചൈതന്യമാണ് എന്നിട്ട് യഥാർത്ഥത്തിൽ ചൈതന്യത്തിനെ കണ്ടെത്തിയാൽ ചൈതന്യത്തിന് ആദി അവസാനം ഒന്നുമില്ല സാന്ദ്ര ആനന്ദ അവബോധാത്മകം അപ്പൊ ഈ തത്വം സാന്ദ്ര ആനന്ദ അവബോധാത്മകം ഇതാണ് ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിക്കുന്നത് ശ്രുതിപ്രകാര പ്രഭോ ശ്രുതിപ്രകാരം ഇവിടെ ഉപദേശിച്ചു ബ്രഹ്മാവിന് ബ്രഹ്മാവിന് ഭഗവാൻ ഉപദേശിച്ചത് വേദം ആ വേദമാണ് ഭാഗവതം ഭാഗവതം അതാണ് കസ്മയേന വിഭാസിതോയതുലോ ജ്ഞാനപ്രദീപുരാ തദ്ൂപേണ ചാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാ ച ഭഗവദ്രാതായ കാരുണ്യ തച്ഛുദ്ധം വിമലം വിശോകമൃതം സത്യംപരം ധീമഹി എങ്ങനെയാണെന്ന് വെച്ചാല് ഭഗവാൻ ബ്രഹ്മാവിന് ബ്രഹ്മതത്വം ഉപദേശിച്ചു എന്നിട്ട് ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ഭഗവാൻ തന്നെ ഇരുന്ന് കേട്ടു എന്നിട്ട് ബ്രഹ്മാവായി ഭഗവാൻ ഇരുന്നു കൊണ്ട് നാരദർക്ക് ബ്രഹ്മതത്വം ഉപദേശിച്ചു നാരദന്റെ ഹൃദയത്തിൽ ഇരുന്ന് കേട്ടു ഇതെന്റെ വാക്കല്ല തദാത്മന തദാത്മന എല്ലാത്തിലുമുണ്ട് നാരദന്റെ ഹൃദയത്തിലിരുന്ന് ഭഗവാൻ ബ്രഹ്മതത്വം വ്യാസൻ ഉപദേശിച്ചു വ്യാസന്റെ ഹൃദയത്തിൽ ഇരുന്ന് കേട്ടു വ്യാസരൂപത്തിൽ ഭഗവാൻ ശുഗബ്രഹ്മ മഹർഷിക്ക് ഉപദേശിച്ചു ശുഗന്റെ ഹൃദയത്തിൽ ഇരുന്ന് കേട്ടു എന്നിട്ട് ശുഗൻ ഭഗവത് സ്വരൂപമായിട്ട് തീർന്നു സർവഭൂത ഹൃദയം എന്നിട്ട് ഭഗ സുഖബ്രഹ്മ മഹർഷിയുടെ രൂപത്തിൽ ഭഗവാൻ ഭാഗവതത്തിനെ പരീക്ഷത്തിന് ഉപദേശിച്ചു പരീക്ഷത്തിന്റെ ഹൃദയത്തിൽ ഇരുന്ന് കേട്ടു എന്നിട്ട് പരീക്ഷത്തിന് അവസാനം സംഭവിച്ചു ബ്രഹ്മഭൂതോ മഹായോഗി പരീക്ഷത്ത് തന്നെ ബ്രഹ്മഭൂതനായിട്ട് തീർന്നു ഭഗവാനായിട്ട് തീർന്നു പരീക്ഷത്ത് മരണമില്ലാതായിട്ട് തീർന്നു മരണമില്ല എന്ന് അറിഞ്ഞു ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോന ബിഭമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ എന്ന് പരീക്ഷത്ത് പറഞ്ഞു അവസാനം എനിക്ക് ദക്ഷകനെയും പേടിയില്ല മൃത്യുവിനെയും പേടിയില്ല എനിക്ക് മരണമില്ല ഇവിടെ ബ്രഹ്മമല്ലാതെ മറ്റൊരു വസ്തു ഉണ്ടായിട്ടേ ഇല്ല ഉണ്ടാവാൻ പറ്റേയില്ല ഇതെങ്ങനെ മനസ്സിലായി ഭഗവാൻ ഉപദേശിച്ച ചതുശ്ലോകി ഭാഗവതം അതാണ് പരീക്ഷത്തിന് കിട്ടിയത് ചതുശ്ലോകി ഭാഗവതം വാസ്തവത്തിൽ ഏകശ്ലോകി ഭാഗവതമാണ് ഒരൊറ്റ ശ്ലോകമേ ഉള്ളൂ അതിന് മുന്നും പിന്നും കൂട്ടിച്ചേർത്തിട്ടാണ് ചതുശ്ലോകി എന്ന് വരണത് ഒറ്റ ശ്ലോകമേ ഉള്ളൂ അഹമേവാസമേവാഗ്രേം േതോസ്മ്യഹം ഇതാണ് ഭാഗവതം അദ്വൈത ആത്മതത്വം ഈ അദ്വൈതാത്മതത്വം ഉറച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ആത്യന്തികമായി ശാന്തി ഉണ്ടാവില്ല ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ശാന്തി ഉണ്ടാവില്ല അപ്പൊ അദ്വൈതാത്മതത്വം എന്താണ് ഭഗവാൻ പറയണു ബ്രഹ്മാവേ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഭഗവാനെ അങ്ങല്ലാതെ മറ്റു പലതും കാണണതോ അതൊക്കെ ഞാൻ തന്നെ അതൊക്കെ ഞാൻ തന്നെ സ്വർണത്തിനെ കൊണ്ട് വളയം ഉണ്ടാക്കി അപ്പൊ സ്വർണം എവിടെ പോയി സ്വർണം തന്നെ ഇത് വളയുടെ രൂപത്തിൽ നിൽക്കണം സ്വർണം കൊണ്ട് മോതിരം ഉണ്ടാക്കി അപ്പൊ സ്വർണം എവിടെ പോയി സ്വർണം തന്നെ മോതിരത്തിന്റെ രൂപത്തിൽ നിൽക്കണം സ്വർണം തന്നെ മാലയുടെ രൂപത്തിൽ നിൽക്കണു കിരീടത്തിന്റെ രൂപത്തിൽ നിൽക്കണു അതേപോലെ ആ ബ്രഹ്മം തന്നെ ജഗത്തിന്റെ രൂപത്തിൽ നിൽക്കണു ഇവിടെ ജഗത്ത് എവിടെ കൊണ്ട് ജഗത്ത് എന്ന് പറഞ്ഞ വാസ്തവത്തിൽ എവിടെ കൊണ്ട് എവിടെയോ കിടന്ന മണ്ണില് ഉണ്ടായ വസ്തുവിന് ഇരുമ്പ് എന്ന് പേര് വെച്ചു ഇരുമ്പിനെ എടുത്ത് പല ഫോർമേഷനും ചെയ്തിട്ട് അതിന് സ്റ്റീല്ന്ന് പേരുണ്ടാക്കി പേര് കൊടുത്തു എന്നിട്ട് അതിന് ഈ ഷേപ്പ് കൊടുത്തു എന്നിട്ട് അതിന് എന്തൊക്കെയോ ചെയ്തിട്ട് മൈക്കെന്ന് ഒരു പേര് കൊടുത്തു എന്നിട്ട് നമ്മൾ മൈക്കോ മൈക്കോ എന്ന് കാണണോ ഇതേപോലെ ജഗത്തിലെ സർവ വസ്തുക്കളെയും നാമരൂപം കൊടുത്ത് വാസ്തവത്തിലൂടെ എന്തുകൊണ്ട് മണ്ണാണത് വെറും മണ്ണ് വെറും മണ്ണാണത് ആ മണ്ണ് എന്തൊക്കെയോ രൂപം പൂണ്ട് പൂണ്ട് പൂണ്ടു പൂണ്ട് ഈ രൂപത്തിൽ നിൽക്കണു അതേപോലെ വസ്തുക്കളൊക്കെ തന്നെ അവസാനം ആരാഞ്ഞ് നോക്കുമ്പോ ബ്രഹ്മമാണ് ബ്രഹ്മമല്ലാതെ ഒന്നുമില്ല ഈശ്വരനല്ലാതെ ഒന്നുമില്ല ഒരേ പരമാത്മ വസ്തുവിൽ നാമരൂപ ആരോപണം നാമരൂപം ആരോപിച്ചു കഴിഞ്ഞാൽ അടുത്തപടി രാഗദ്വേഷം ഇത് എന്റെ മൈക്കാണ് ഇപ്പൊ ഞാൻ എടുത്തോണ്ട് പോയ പുറകെ വരും എന്റെ ആണോന്ന് പറയും എന്താന്ന് വെച്ചാൽ നാമരൂപം വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൽ എന്തെങ്കിലുമൊക്കെ സ്വത്വമോ എന്തെങ്കിലും വരും അല്ലെ എല്ലാ വസ്തുക്കളും അങ്ങനെയാണ് ആദ്യം നാമരൂപം ആരോപിച്ചു പിന്നെ രാഗദ്വേഷം ഉണ്ടായി ഇങ്ങനെ ജഗത്ത് മുഴുവൻ കലുഷമായി അപ്പൊ ഇനിയിപ്പോ വീണ്ടും ഈ രാഗത്ത് വേഷവും ഒക്കെ നീക്കി മനസ്സിന് സമാധാനം വേണമെങ്കിൽ എന്തു വേണം ജഗത്ത് മുഴുവൻ ഒന്നാണെന്ന് കാണണം വ്യവഹാരത്തിൽ അദ്വൈതം പറ്റില്ല പക്ഷെ ഉള്ളിൽ അദ്വൈതം വ്യവഹാരത്തിൽ ദ്വൈതം ഇരുന്നാൽ കുഴപ്പമില്ല ഉള്ളിൽ കയറാതിരുന്നാൽ മതി വ്യവഹാരത്തിന് ദ്വൈതം ഇരിക്കട്ടെ വേണം അല്ലെങ്കിൽ ആളുകൾ പറ്റിച്ചു അതൊന്നും വേണ്ട പക്ഷെ ഉള്ളിൽ അറിഞ്ഞാ മതി ഇത് വെറും മായ ഒരേ വസ്തു പലേ വേഷം കെട്ടി കൂത്തു കളിക്കാം ഒന്നായ നിന്നയിഹ രണ്ടെന്നുകണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബതം ഇണ്ടാവതല്ല മമം പണ്ടെക്കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകെങ്കിലിഹ നാരായണായ നമ ഭഗവാനെ ഏകവും അദ്വയവുമായ അവിടുത്തെ രണ്ട് എന്ന് കണ്ടത് മുതൽ തുടങ്ങി ഇണ്ടൽ എന്ന് വെച്ച മണ്ടത്തരം കുടി ഒരേ വസ്തുവിനെ പലതായി കണ്ടു ഒരേ നാരായണനെ പലതായി കണ്ടു യാതൊന്നു കാണുമ്പത് നാരായണ പ്രതിമ എന്ന് കാണുന്നില്ല പലത് പലത് പലത് പലതായിട്ട് തോന്നുന്നു രാഗദ്വേഷങ്ങൾ ഇനിയിപ്പോ വേ വീണ്ടും മനസ്സ് അടങ്ങണമെങ്കിൽ എന്ത് വേണം ഈ പലതു പലതായിട്ട് തോന്നുന്നതിനൊക്കെ പുറകിൽ ഒന്നുണ്ടെന്ന് കാണണം അവിഭക്തം വിഭക്തേഷു വേറെ വേറെ തോന്നുമ്പോഴും വള മാല മാല വളയല്ല മാല മോതിരമല്ല മോതിരം മാലയല്ല പക്ഷേ വളയും മാലയും മോതിരവും കങ്കണവും ഒക്കെ സ്വർണമാണ് അതുപോലെ ആണ് വേറെ പെണ്ണ് വേറെ സ്ത്രീ മുത്തശ്ശി വേറെ യുവതി വേറെ നായ വേറെ മനുഷ്യൻ വേറെ ഒക്കെ വേറെ വേറെ പക്ഷെ നായും മനുഷ്യനും സ്ത്രീയും പുരുഷനും ഒക്കെ ആത്മാ എന്നുള്ള അർത്ഥത്തിൽ തുല്യം എല്ലാത്തിലും ഒരേ ആത്മാ ഒരേ ആത്മാ പ്രകാശിക്കണം അപ്പൊ ഈ ആത്മതത്വം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്താണെന്നുവെച്ചാൽ ഇത് ഉള്ളിൽ പ്രയോഗിച്ച് പുറമേക്ക് വ്യവഹാരത്തിൽ ഭേദമൊക്കെ നടിച്ചോളം അല്ലെങ്കിൽ വ്യവഹാരത്തിൽ കുഴപ്പമുണ്ടാകും വ്യവഹാരത്തില് വ്യവഹാര ധർമ്മം ആത്മജ്ഞാനത്തിന് ഇത് ആത്മജ്ഞാനം ഉള്ളില് വ്യവഹാരത്തിന് ധർമ്മവും ശാന്തിക്ക് ജ്ഞാനവും ഇതാണ് ഭാഗവതത്തിന്റെ ഉപദേശം പ്രഹ്ലാദന നാരദ മഹർഷി ഇത് ഉപദേശിക്കുമ്പോൾ ധർമ്മസ്യ തത്വം ജ്ഞാനം ചെ എന്ന് പറയുന്നു രണ്ടും കൊടുത്തുന്നാണ് ജ്ഞാനം എന്തിനാണ് ആത്മശാന്തിക്ക് ഇത് വേണം അല്ലെങ്കിൽ ഉള്ളിൽ ഒരുപാട് ഭേദം തോന്നും ഉള്ളിൽ അവര് വേറെ അത് ഇതെന്ന് തോന്നിക്കൊണ്ടേയിരിക്കും അത് ശമിപ്പിക്കണമെങ്കിൽ ഉള്ളിൽ അറിഞ്ഞോളണം എല്ലാം ആത്മ പക്ഷെ വ്യവഹാരത്തിന് അത് കൊണ്ടുവന്നാൽ പല കുഴപ്പങ്ങൾ വരും കാരണം വ്യവഹാരത്തിന്റെ സ്വഭാവമേ വേറെയാണ് നമുക്ക് നല്ലവണ്ണം വിചാരം ചെയ്ത് അറിഞ്ഞാൽ എതിനെ എവിടെ വെക്കണം എന്നറിയാം വ്യവഹാരത്തിന് വ്യവഹാരത്തിന്റെ വേഷം കെട്ടലൊക്കെ ഇരിക്കട്ടെ യാജ്ഞവൽക്യ മഹർഷി ആത്മജ്ഞാനിയാണ് അദ്ദേഹം ജനകന്റെ സദസ്സിൽ ഈ ആത്മവിദ്യ പറഞ്ഞു അപ്പൊ ജനകമഹാരാജാവ് നൂറ് പശുവിനെ കൊമ്പില് പൊന്നുകിട്ടി നിർത്തിയിട്ടുണ്ട് താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയണവർക്ക് ഈ പശുവിനെ ദാനം ചെയ്യാം അപ്പോ രാജ്ഞവൽക്കനാണ് ചോദ്യത്തിന് ഉത്തരം പറയാൻ എഴുന്നേറ്റം വേറെ ആരും എഴുന്നേറ്റില്ല യാജ്ഞവലിക്കൻ എഴുന്നേറ്റ ഉടനെ തന്റെ ശിഷ്യനായ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു ദാ ഈ പശുവിനെയൊക്കെ ആശ്രമത്തേക്ക് കൊണ്ടുപോവാ അപ്പൊ അവിടെയുള്ളൂ ഒരക്ക് ദേഷ്യം വന്നു ഏ ഉത്തരം പറയണതിന് മുമ്പ് പശുവിനെ കൊണ്ടുപോകാൻ പറയണമല്ലോ രാജ്ഞവൽക്കൻ പറഞ്ഞു ഞാൻ പറയാൻ പോണേ ഈ ബ്രഹ്മവിദ്യക്ക് കൂലിയൊന്നുമല്ല ഈ പശു ഞാൻ പറയുന്ന ഈ വസ്തുവിന് ഈ ബ്രഹ്മവിദ്യക്ക് ഈ സമുദ്രം ചുറ്റി നിൽക്കുന്ന ഈ ഭൂമി മുഴുവൻ തന്നാലും പോരാ തത്വോ ഭൂയഹ പിന്നെ എന്താ എനിക്ക് പശുവിനെ വേണം അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാൻ പറയണോ അതുകൊണ്ട് പശു പോട്ടെ ആദ്യം എന്നിട്ട് നമുക്ക് പറയാം അപ്പൊ ഇവര് പറഞ്ഞു അങ്ങ് ബ്രഹ്മജ്ഞാനിയാണല്ലോ ആത്മജ്ഞാനിയാണല്ലോ അപ്പൊ അങ്ങക്ക് എന്തിനാ പശു ഇതൊക്കെ ഞങ്ങൾക്ക് തന്നുകൂടെ ചോദിച്ചു ഇങ്ങനെയാണ് ആളുകൾ പറ്റിക്കേ അപ്പൊ യാജ്ഞവൽക്യം പറഞ്ഞു തൽക്കാലം ഞാൻ ആത്മജ്ഞാനിയല്ല പശുകാമോഹമസ്മി പശുകാമനാണ് അപ്പൊ അതൊക്കെ അവിടെ നിക്കട്ടെ ബ്രഹ്മജ്ഞാനം ഇപ്പൊ പശുകാമനെ കൊണ്ടൊന്നും പോവില്ല അതവിടെ നിക്കട്ടെ എന്നാണ് ഒന്നും ഇപ്പൊ ബ്രഹ്മജ്ഞാനം ഒന്നും നഷ്ടമാവില്ല നിങ്ങൾ എന്ത് ധരിച്ചാലും കുഴപ്പമില്ല എനിക്കിപ്പോ പശുവിനെ വേണം എന്നാണ് എന്നിട്ട് പറഞ്ഞു അപ്പോ എന്തിനാ പറയണന്ന് എന്തു വേണമെങ്കി ആർക്ക് കൊടുക്കാം പക്ഷെ പറ്റിച്ച് കളയാൻ സമ്മതിക്കാതിരിക്കണം വ്യവഹരിക്കണം ലോകത്തിലെ അല്ലെ അപ്പൊ വ്യവഹാരത്തിന് വേണ്ടി തൽക്കാലത്തേക്കൊക്കെ ദ്വൈതം നടടിച്ചാലും ഉള്ളിലെ ശാന്തിക്ക് അദ്വൈതം ഭാവാദ്വൈതം എന്നാണ് ഭാവാദ്വൈതം ഉള്ളിലോ ഭാവത്തിൽ അദ്വൈതം സർവചരാചരങ്ങളും ഭഗവത് സ്വരൂപം പരമാത്മ സ്വരൂപം എന്ന് അറിയുമ്പോ തന്നെ മനസ്സിനാരോടും പ്രത്യേകിച്ച് ചെന്ന് പറ്റി ആരോടും പറ്റിപ്പിടിക്കില്ല പ്രത്യേകിച്ച് ആരോടും ആസക്തിയും ഉണ്ടാവില്ല വെറുപ്പും ഉണ്ടാവില്ല ഇത് രണ്ടാണോ ദുഃഖത്തിന് മുഴുവൻ മൂലകാരണമേ പലത് കാണുന്നുണ്ടല്ലോ സ്വപ്നം പോലെ ഋതേ അർത്ഥം യത് പ്രതീയേതാൻ അപ്രതീയേതച്ച ആത്മനി തദ്വിദ്യാത്മനോമായാം യഥാഭാസോ യഥാതമ ചതുശോഗി ഭാഗവതം ഭഗവാൻ പറയണത് ഒരു പൊരുളില്ലാതെ കാണപ്പെടുന്ന ഇരുള് ഈ ഇരുള് നീങ്ങണമെങ്കിൽ എന്തുവേണം ഭഗവാന്റെ അരുൾ വേണോ അവിടെ എന്നാൽ ഈ ഇരുള് നീങ്ങും പൊരുളില്ലാതെ കാണപ്പെടുന്നതാണിതേ സ്വപ്നം പോലെ എന്നാണ് സ്വപ്നത്തിൽ പലത് കാണുന്നില്ലേ എഴുന്നേൽക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ആയിരം പേരെ കണ്ടു എഴുന്നേറ്റുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അതുപോലെ വസ്തുവിനെ അറിയണം അഹമേവാസമേവാഗ്രേ ഈശാവാസ്യമിതം സർവം ആത്മാത്രമേ ഉള്ളൂ ജഗത് മുഴുവൻ ആത്മസ്വരൂപം അങ്ങനെ കണ്ടെത്തിയാൽ മനസ്സ് അടങ്ങി ശാന്തിയാകും ഓഹ് ഈ വിദ്യ നമുക്ക് പറ്റണില്ല ഈ വിദ്യ ഗ്രഹിക്കാൻ വിഷമമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിനെ പതുക്കെ ഒന്ന് ധ്യാനിച്ച് പരിശീലിപ്പിക്കാം ധ്യാനം പരിശീലിപ്പിക്കാം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പോയിട്രി എല്ലാവർക്കും ഇഷ്ടമാണ് ധ്യാനവും ഒരു പോയിട്രിയാണ് പലർക്കും കാണുമ്പോ നല്ല രസം എല്ലാവരും ധ്യാനത്തിനെ പുസ്തകം എളുപ്പത്തില് ചുട്ടപ്പടം പോലെ പുസ്തകം പോകണമെങ്കിൽ ധ്യാനത്തിനെ എഴുതി ഇങ്ങനെ ഒരു ഫോട്ടോവും വെച്ചാൽ എല്ലാരും അപ്പൊ വാങ്ങിച്ചോണ്ട് പോവും നമ്മുടെ ഒരു കൂട്ടുകാരൻ മെഡിറ്റേഷൻ സീറ്റ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നു എത്രയോ ഡോളർ കൊടുത്തിട്ട് അയാളോട് പറഞ്ഞു വെറുതെ ചെലവാക്കേണ്ട ആ പായിലിരുന്നവതി എന്ന് പറഞ്ഞു കേട്ടിലാണ് എത്രയോ ഡോളർ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നു അയാൾ എവിടെയോ അഡ്വർടൈസ്മെന്റ് കണ്ടതാണ് പിന്നെ അയാള് പറഞ്ഞു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ സീറ്റ് വാങ്ങിക്കുന്നത് എളുപ്പമായിരുന്നു ധ്യാനിക്കുന്നതൊന്നും പറ്റുന്നില്ല അതിലേക്കപ്പോ ം എന്നുള്ളത് പരിപക്വമായ മനസ്സിന്റെ സ്ഥിതിയാണ് തനിയെ ഏർപ്പെടുന്നതാണ് ധ്യാനം മനസ്സ് പരിഭാഗപ്പെട്ട് ശ്രവണം ചെയ്ത് മനസ്സ് പരിഭാഗപ്പെട്ട് ആദ്യം ബേസിക്കായിട്ട് യമവും നിയമവും ഉണ്ടാവണം മനസ്സിന് അതാണ് ഭട്ടതി പറയണ ഗുരുവായൂരൊപ്പ ഞാൻ യോഗാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാം കല്യതോം മമ കുരുഷാവതി കല്യത്തെ അഷ്ടവിധയോഗയാം പുഷ്ടയാശു തവ തുാംഗ നമസ്കാരം എന്ന് പറയും നമ്മളല്ലേ സാഷ്ടാംഗ നമസ്കാരം എന്ന് വെച്ചാൽ വാസ്തവത്തിൽ കൈ കാല് മുട്ട് നെഞ്ച് ചേർത്തത് പോ മാത്രം അല്ല യഥാർത്ഥത്തിൽ സാഷ്ടാംഗനമസ്കാരം എന്ന് വെച്ചാൽ അഷ്ടാംഗയോഗത്തോടുകൂടിയുള്ള ഭഗവത് സ്മരണയാണ് സാഷ്ടങ്ക നമസ്കാരം അഷ്ടാംഗയോഗത്തോടുകൂടിയുള്ള ഭഗവാനെ സ്മരിക്കലാണ് സാഷ്ടാംഗ നമസ്കാരം അപ്പൊ അഷ്ടംഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി അപ്പൊ ധ്യാനം എവിടെയിരിക്കുന്നു ഏഴാമത്തെ സെറ്റ് ഏഴാമത്തെ പടിയിലിരിക്കും ആരംഭത്തിലെ ചാടിയാ ശരിയാകും അപ്പൊ ഏഴാമത്തെ പടി ചിലർക്കൊക്കെ പൂർവ്വജന്മത്തിന്റെ സുഹൃത്വം കൊണ്ട് തനിയെ വരും ചിലരൊക്കെ ധ്യാനസിദ്ധന്മാരായിട്ട് ജനിക്കും ജനിക്കുമ്പോഴേ അവർക്ക് ധ്യാനം പരിശീലിക്കുമെന്ന് വേണ്ട ധ്യാനസിദ്ധന്മാരായിരിക്കും അവർ അവർക്ക് ധ്യാനം ജന്മനാ പൂർവജന്മ സുഹൃതം കൊണ്ട് വന്നിട്ടുണ്ടാവും അല്ലാത്തവർക്കാണ് ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ധ്യാനിക്കാൻ പറ്റണില്ലെങ്കിൽ സഹജമായിട്ട് പോവാൻ പറ്റണില്ലെങ്കിൽ ഇതാ ഇതൊക്കെ ചെയ്തോളാം ആദ്യം ബേസിക്കായിട്ട് യമനിയമങ്ങള് അപ്ലവാദിനിയാവിതാ ബ്രഹ്മചര്യം അഹിംസ സത്യം അസ്തേയം ഇതൊക്കെ യമം ശരീരത്തിന്റെയും മനസ്സിന്റെ ഒക്കെ ശുദ്ധി ഒരു പ്രാണിയും ഹിംസിക്കാതിരിക്കുക കാക്കാതിരിക്കുക ഐ ക ും നമ്മുടെ പതിവില്ല എന്തിനാ പതൊക്കെ പറയണതാണ് മറ്റുള്ളവരുടെ വസ്തു കണ്ടിട്ട് പറയില്ലേ കട്ടു എന്നാണോ പറഞ്ഞാ കട്ടു ഉള്ളുകൊണ്ട് അതുപോലെ മറ്റുള്ളവരെ മനസ്സുകൊണ്ട് ദ്വേഷിക്ക അത് അപ്പൊ ഹിംസിച്ചു അത്രേ യോഗികൾ ഈ പുറമേക്കല്ല കാണുന്നതേ അവർ ഉള്ളിലാണ് കാണുന്നത് ഉള്ളില് വികാരത്തിന്റെ തലത്തിൽ ഇതൊന്നും വരാൻ പാടില്ല എന്നാണ് വികാരത്തിന്റെ തലത്തിൽ ബ്രഹ്മചര്യം വികാരത്തിന്റെ തലത്തിൽ അഹിംസ വികാരത്തിന്റെ തലത്തില് ദ്വേഷമില്ലാതിരിക്കാം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പരിശീലിച്ച് ഒരുപക്ഷെ ഫിസിക്കലി ചെയ്താൽ പോലും കുഴപ്പമില്ല എന്നാണ് അതാണ് ഭഗവാൻ പറഞ്ഞത് അർജുന ഈ ജ്ഞാനത്തോടുകൂടി ആരോടും ദ്വേഷമോ രാഗവുമില്ലാതെ യുദ്ധം ചെയ്യുമെന്ന് പറയണം ഈ ജ്ഞാനത്തോടുകൂടി താൻ യുദ്ധം ചെയ്താൽ പോലും ആരെയും കൊല്ലണില്ല ഫിസിക്കൽ ആക്ഷൻ അല്ല പ്രധാനം ഒരായിരം പേരെ കൊല്ലാൻ ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ട് ആ മെഷീനെ കൊണ്ട് കൊല്ലാൻ വെച്ചാൽ ആ മെഷീന് വല്ല പാപമോ പുണ്യമോ ഏൽക്കുവോ അതിന് കർത്തൃത്വവും ഇല്ല രാഗവും ഇല്ല ഒന്നുമില്ല അതുപോലെ ഒരു യന്ത്രമായി തന്നെ ആ സർവേശ്വരൻ ഉപയോഗിച്ചാൽ തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ചെയ്യ പക്ഷെ അതിൽ രാഗമോ ദ്വേഷമോ തന്റേതൊന്നും ഇല്ലെങ്കിൽ താൻ അപ്പൊ ബ്രഹ്മചര്യാദി യമീഹി ബ്രഹ്മചര്യം മുതലായിട്ടുള്ള യമം ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ അതും വളരെ സൂക്ഷിക്കും മാനസികമാണ് അതായത് ഋഷികള് പറയണത് ഗൃഹസ്ഥനും ബ്രഹ്മചര്യവും ഉണ്ട് ഗൃഹസ്ഥൻ സന്യാസിക്കോ ബ്രഹ്മചാരിക്കോ കല്യാണം കഴിക്കാത്ത ആളൊക്കെ ബ്രഹ്മചാരി എന്ന് ഒരർത്ഥമേ ഇല്ല അങ്ങനെ വേണമെങ്കിൽ ബാച്ചലർ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ കല്യാണം കഴിക്കാത്തവൻ ബ്രഹ്മചാരി എന്ന അർത്ഥമില്ല കല്യാണം കഴിച്ചവനും ബ്രഹ്മചാരിയാണ് മൃഗങ്ങളൊക്കെ ബ്രഹ്മചാരികളാണ് ഒരു വിധത്തില് എന്താന്ന് വച്ചാൽ അവർക്കൊന്നും മാനസികമായിട്ടും ഈ വികാരമില്ല അവർക്ക് ശരീരത്തിലേ ഉള്ളൂ അവരൊന്നും ഇത് ബന്ധിക്കണേ ഇല്ല ഋതു മാത്രമുള്ള സംഗമവും ഒക്കെ ആയിട്ട് അവരിങ്ങനെ കഴിഞ്ഞു പോണു മനുഷ്യനാണ് ഇതിനെ കൊണ്ട് സിനിമയെടുത്ത് കാവ്യങ്ങൾ എഴുതി ഭാവനാ തലത്തില് കാമത്തിനെ കൊണ്ട് വരണം നിന്ന് ഇതിനെ നീക്കണം അതാണ് ബ്രഹ്മചര്യാദി യമൈ നിയമയി യമി ബ്രഹ്മചര്യം മുതലായിട്ടുള്ള ഭാവങ്ങള് ആപ്ലവാദിനിയമൈശ്ശാവിത കുളിക്ക ശൗച സന്തോഷ ക്ഷമ ആർജവം ഒക്കെ ശൗചം ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് ശരീരത്തിനെ കുളിക്കാം സ്നാനം യുധിഷ്ഠിരം പറഞ്ഞു എന്താ സ്നാനം എന്ന് വെച്ചാൽ മനോമലത്യാഗ മനസ്സിനെ മരത്തിനെ ത്യാഗം ചെയ്യണമെന്നാണ് അത്രയും മുഖ്യമായിട്ടുള്ള കുളി അത് പറഞ്ഞ് വെളിയിൽ കുളിക്കാതിരിക്കരുത് കേട്ടോ പലരും ഇതിനുമൊക്കെ വാദമായിട്ട് എടുത്തു കളി ഭാഗവതം എന്ന് വായിച്ചുകൂടെ കേട്ടോ ഒക്കെ ഉള്ളിലുണ്ടെന്ന് പറയും നാമം ജയിച്ചുട എല്ലാ ഉള്ളിലുണ്ടെന്ന് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പുറമേക്ക് ഇതൊക്കെ വേണം സ്നാനം മനഃശുദ്ധി ജപം മുതലായിട്ടുള്ളതൊക്കെ സ്വാധ്യായം ആർജവം ഋജുഭാവം അതായത് ഉള്ളിലൊന്ന് വെച്ച് പുറത്തൊന്ന് പറയാ രാമലിംഗസ്വാമികൾ തമിഴിലടുത്ത് അടുത്ത കാലത്തുണ്ടായിരുന്ന ഒരു സിദ്ധനാണ് അദ്ദേഹത്തിന്റെ ഒരു പാട്ടിൽ പറഞ്ഞു ഉള്ളുണ്ട്രുവെത്തു പുറമുൺപേശുവാർ ഉറവ് കലവാമയ വേണ്ടും പരമലൗകികന്റെ അടുത്ത് കലർന്നാ പോലും ഉള്ളിലൊന്ന് വെച്ച് പുറത്തേക്കൊന്ന് പറയണവൻ ഇങ്ങനെയുള്ള ആളാണെങ്കിലും അയാളുടെ അടുത്തുകൂടെ പോകരുതെന്നാണ് ഇപ്പൊ ഋജുബുദ്ധിയായിട്ടിരിക്കണം ഋജുബുദ്ധിയായിട്ടിരിക്കണം അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്ക് ഗീതം ഉപദേശിക്കാൻ പാടുള്ളൂ അതാണ് അർജുനൻ അർജുനൻ എന്നുള്ള പേരിന് ഒരർത്ഥം ഋജുബുദ്ധിയായിട്ടുള്ളവൻ അർത്ഥം വക്രതയില്ല ഉള്ളില് വക്രമല്ല ആള് ഋജുബുദ്ധിയായിട്ടുള്ളവൻ അപ്പോ ഋജുവായിട്ടുള്ള ആളായിരിക്കണം സത്യം പരിപാലിക്കണവനായിരിക്കണം അങ്ങനെയുള്ള ആൾക്ക് പതുക്കെ യോഗപരിശീലനം തുടങ്ങാം യോഗത്തിന്റെ ആദ്യപടി എന്താണ് ആസനം ആസനമാണവിടെ ആസനം പരിശീലിക്കാം എന്നാണ് പങ്കജാദ്യമിവാ പദ്മാസനം പദ്മാസനമൊക്കെ വിഷമാ അല്ലെ പദ്മാസനം സുഖാസനം മതി സ്ഥിരസുഖം ആസനം പദ്മാസനം പോലും എല്ലാവർക്കും പറ്റില്ല ആസനം ചെയ്യാൻ പെട്ടതിരി പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞ് പുറപ്പെട്ടാൽ വയസ്സിന് മേലെ തുടങ്ങിയാൽ കുഴപ്പമാവും അപ്പോ ഇതൊക്കെ മഹാവിഷമ അപ്പൊ ആസനമൊക്കെ സാധാസുഖാസനം എങ്ങനെ ഇരുന്നാൽ സുഖമായിട്ട് ധ്യാനിക്കാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ ഇരിക്കാം ഇനിയിപ്പോ ചേർലിരുന്നിട്ടാണെങ്കിലും വേണ്ടില്ല അപരോക്ഷാനുഭൂതിയിൽ ആചാര്യസ്വാമികൾ പറഞ്ഞു എതിലിരുന്നാൽ ബ്രഹ്മത്തിൽ ദൃഢമായി മനസ്സുറയ്ക്കുമോ അത് ആസനം എന്ന് എങ്ങനെയാണെങ്കിൽ മനസ്സ് ബ്രഹ്മത്തിൽ ലയിക്കുമോ അത് അത് നടന്നിട്ടാണെങ്കിലും വേണ്ടില്ല കടന്നിട്ടാണെങ്കിലും വേണ്ടില്ല ഏത് ഭാവത്തിലാണെങ്കിലും മനസ്സ് ഭഗവാനിൽ വെക്കാൻ പക്ഷെ ആദ്യം യോഗപരിശീലനത്തിന് കുറച്ചുനേരം ഒന്ന് അനങ്ങാതെ ഇരുന്ന് പരിശീലിക്കണം നമ്മളുടെ സപ്താഹത്തിനൊക്കെ അത് വലിയ പരിചയമാണ് കുറെ അനങ്ങാതെ ഇരിക്കുക ഒരിടത്ത് അല്ലെ അത് തന്നെ വലിയ കാര്യമാണ് നമ്മളുടെ ഇന്നത്തെ ആളുകൾക്ക് അഞ്ചു മിനിറ്റ് ഒരിടത്ത് ഇരിക്കാൻ പുറമെ ഈ ഒരു സമയമില്ലാത്ത സമയത്ത് പിടിച്ച് ഒരു അഞ്ചു മിനിറ്റ് ഒരു അരമണിക്കൂർ ഒരിടത്ത് ഇരുത്തിയാൽ തന്നെ അവര് പണം കൊടുത്തിട്ടൊക്കെ ഒരത്ത് പോയിരിക്കുന്നുണ്ട് ഈ അഞ്ച് അരമണിക്കൂർ ആസനം കിട്ടിയാൽ തന്നെ സമാധാനം ഉണ്ടാവും ആസനസ്ഥൈര്യം ആസനസ്ഥൈര്യം ആസനം കഴിഞ്ഞാൽ അടുത്തത് പ്രാണായാമം പ്രാണെന്നു വച്ചാൽ ശ്വാസോച്ഛ്വാസ കാറ്റ് മാത്രമല്ല ഊർജം മുഴുവൻ പ്രാണനാണ് ചിത്തം ചലിക്കണതും പ്രാണനാണ് ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്ന പ്രാണനെ ഗുരുവിന്റെ ഉപദേശപ്പെടി പ്രാണായാമം ചെയ്യണം അതിനെയും ആചാര്യസ്വാമികൾ പറഞ്ഞു യഥാർത്ഥ പ്രാണായാമം എന്താന്ന് വെച്ചാൽ പ്രാണന്റെ സൂക്ഷ്മരൂപം മനസ്സാണ് മനസ്സിൽ പൊന്തി വരുന്ന വികാരങ്ങളെയൊക്കെ ബ്രഹ്മം എന്ന് കണ്ടാൽ മനസ്സും പ്രാണനും ഒക്കെ അടങ്ങും അതാണ് പ്രാണായാമം എന്നുള്ളത് ചിത്താദി സർവഭാവേഷു ബ്രഹ്മാത്മത്വാവലോകനാധി നിരോധ സർവവൃത്തിനാം പ്രാണായാമ സൗച്ഛതയെന്ന് പ്രാണായാമം എന്താന്ന് വെച്ചാൽ ചിത്തം ഇങ്ങനെ ചലിക്കുമ്പോൾ ആ ചലിക്കുന്ന ചിത്തത്തിനെയും ബ്രഹ്മമായിട്ട് കാണുന്നു ചലിക്കുന്ന ചിത്തം എവിടുന്നു പൊന്തുണു നിശ്ചലമായ അധിഷ്ഠാനത്തിൽ നിന്ന് പൊന്തുണു നിശ്ചലമായ അധിഷ്ഠാനത്തിൽ ഏർപ്പെടുന്ന ഈ സ്പന്ദനം ആ നിശ്ചലമായ അധിഷ്ഠാനം തന്നെയാണ് സമുദ്രത്തിൽ പൊന്തി വരുന്ന അല തന്നെയാണ് അതേപോലെ നിശ്ചലമായ അധിഷ്ഠാനത്തിൽ നിന്ന് പൊന്തുന്ന ഈ സ്പന്ദനം നിശ്ചലമായ അധിഷ്ഠാനം തന്നെയാണെന്ന് കണ്ടാൽ ഇത് നിശ്ചലമാവും അങ്ങനെ ചിത്തവൃത്തികളെ ഉള്ളിൽ നിരോധനം ചെയ്യണതാണ് അത്രേ സൂക്ഷ്മ പ്രാണായാമം പിന്നെ പുറമേക്ക് അലഞ്ഞു നടക്കണം മനസ്സിനെ പ്രത്യാഹാരം ആഹരിക്കാന്ന് വെച്ചാൽ കഴിക്കുക അല്ലേ പുറമേക്ക് പോകണ മനസ്സിനെ ഉള്ളിലേക്ക് വലിക്കുക അത് പ്രത്യാഹാരം ഓടി ഓടി പോണു മനസ്സ് അല്ലേ പല സ്ഥലങ്ങളിലേക്കും എന്തിനാ പോണതെന്ന് വെച്ചാൽ പല വസ്തുക്കളും സുഖിപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഓടിപ്പോണതേ കുറെ കഴിയുമ്പോൾ അതിനായിട്ട് മനസ്സിലായി രോഗം മുഴുവൻ ദുഃഖം എന്ന് പറഞ്ഞു കുറെ ദുഃഖിച്ചിട്ട് തിരിച്ചു വരും പക്ഷെ അപ്പോഴേക്കും മനസ്സ് വികലമാവും അപ്പൊ അതിനു മുമ്പ് നമ്മളായിട്ട് തന്നെ അതിനെ പിടിച്ച് പിടിച്ച് ഉള്ളില് സ്വരൂപത്തില് ഭഗവത് സ്വരൂപത്തിൽ ഇരുത്തുക പശുവിനെയൊക്കെ അഴിച്ചുവിട്ടാൽ കണ്ടവരുടെ പാടത്തും തൊടിയിലും ഒക്കെ പോയിട്ട് കണ്ടതൊക്കെ തിന്നാൻ തുടങ്ങും ആളുകളൊക്കെ ഒന്ന് കുറ്റം പറയും അവസാനം എന്തു പശുവിനെ പിടിച്ച് കെട്ടിയിടങ്ങും കെട്ടിയിട്ട് തൊഴുത്ത് തന്നെ തിന്നാൻ വലതും കൊടുക്കണം അങ്ങനെ അവിടെ തന്നെ തിന്നാൻ കൊടുത്താൽ കുറെ കാലം അങ്ങനെ പരിശീലിപ്പിച്ചാൽ അഴിച്ചുവിട്ടാലും പോകില്ല അതേപോലെ മനസ്സ് പുറമേക്ക് അലഞ്ഞലഞ്ഞു നടക്കുന്നത് തീറ്റയ്ക്കാണേ തീറ്റയ്ക്ക് വേണ്ടി അലഞ്ഞു നടക്കാണ് പല വസ്തുക്കളിലുമായിട്ട് ആ അലഞ്ഞു നടക്കുന്ന ചിത്തത്തിനെ പിടിച്ച് ഹൃദയത്തിൽ കെട്ടിയിട്ട് അവിടെ തീറ്റ കൊടുക്കണം തീറ്റ എന്താണെന്ന് വെച്ചാൽ നല്ല വിഷയങ്ങൾ ചിന്തിക്കാനും ബ്രഹ്മവിചാരം ചെയ്യാനും സത്സംഗത്തിൽ ഇരിക്കാനും ഓക്കെ അതിനാദ്യമായിട്ട് പുറമേക്കുള്ള വ്യവഹാരത്തിനെ കുറയ്ക്കണം അതാണ് യമനിയമം എന്ന് പറഞ്ഞത് യോഗസാധനയ്ക്ക് അതൊക്കെ വേണം അതൊക്കെ ഡിസ്റ്റർബൻസ് ആണ് പുറമേക്ക് പോയി നാട്ടുവർത്തമാനം പറയലും പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കും ധ്യാനിക്കാനിരിക്കുമ്പോ അവര് പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ പോയി നാട്ടുകാർ വെറുതെ ഇരിക്കില്ലല്ലോ പോയി അറിഞ്ഞോ ചോദിക്കും കഴിഞ്ഞു പിന്നെ അതിങ്ങനെ പോകും അത്ര പിന്നെ അവിടുന്ന് എവിടേക്കൊക്കെയാ പോവുക എന്ന് അറിയില്ലേ അറിഞ്ഞോ അതാണ് നാരായണഗുരുസ്വാമി രമണ മഹർഷിയെ കാണാൻ പോയി നാരായണഗുരു രമണ മഹർഷിയെ കാണാൻ പോയപ്പോ അദ്ദേഹം ഒരുപക്ഷെ ചട്ടമ്പി സ്വാമി അല്ലാതെ വേറെ ഒരു മഹാത്മാവിനെ അദ്ദേഹം നേരിട്ട് കാണാൻ പോയിട്ടുള്ളത് മഹർഷി മാത്രമാണ് കാണാൻ പോയിരുന്നപ്പോ സ്കന്ധാശ്രമത്തിൽ അരുണാചലത്തില് മലയുടെ മേലെയായി അപ്പോ നാരായണ ശിഷ്യന്മാരൊക്കെ അകത്തുപോയി ഒക്കെ നമസ്കരിച്ചു നാരായണ ഗുരുസ്വാമി ജനലിൽ നോക്കി മഹർഷി നോക്കി ഒന്നും പറഞ്ഞില്ല ഒന്നും ചോദിച്ചില്ല മിണ്ടാവാതിരുന്നു നാരായണ ഗുരു കണ്ടിട്ട് അവിടെ ഒരു മരത്തിനു ചോട്ടിൽ വന്ന് കണ്ണടച്ച് ധ്യാനിച്ചിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ മഹർഷി ഊണ് കഴിക്കേണ്ട സമയമായപ്പോൾ മാത്രം ഊണ് കഴിക്കേണ്ടതെന്നും ചോദിച്ചു മലയാളത്തിൽ ചോദിച്ചു നാരായണഗുരുസ്വാമി പറഞ്ഞു മഹർഷികൾ പ്രസാദം ചാപ്പടലാം എന്ന് തമിഴില് പറഞ്ഞു എന്നിട്ട് ഊണ് കഴിച്ചു കഴിഞ്ഞതും മഹർഷിക്ക് ആ സമദർശിത്വം എത്ര വലിയ ആളുകൾ വരട്ടെ എത്ര ചെറിയ ആളുകൾ വരട്ടെ ഒക്കെ ബ്രഹ്മമായും ഇവിടെ വലിയ ബ്രഹ്മം ചെറിയ ബ്രഹ്മം ഒന്നുമില്ല യാതൊന്നും പ്രത്യേകിച്ച് വർത്തമാനം പറഞ്ഞില്ല നടക്കാൻ പോകാനുള്ള സമയമാണ് ഊണ് കഴിച്ചിട്ട് നടക്കാൻ പോയി മഹർഷി ആ സമദർശിത്വം കണ്ടപ്പോ നാരായണഗുരു സ്വാമി ആശ്ചര്യപ്പെട്ടതാണ് ഒന്നുമില്ലെങ്കിലും ഒരു സന്യാസി ഒരു ജ്ഞാനി ആയിട്ടുള്ള ഒരാൾ വരുമ്പോഴെങ്കിലും പതറിപ്പോവും ആളുകൾ അപ്പോഴും പതർച്ചയില്ല എത്ര വലിയ ആള് വന്നാലും പതർച്ചയില്ല ഈ അവസ്ഥ കണ്ടപ്പോ നാരായണഗുരു ഒരു നിർവൃത്തി പഞ്ചകം ഒരു കൃതി എഴുതി അതിൽ പറയുന്നുണ്ട് ആർക്കാണോ മനസ്സിന് ശാന്തി എന്ന് വെച്ചാൽ കോനാമദേശാതിഹി പ്രവൃത്തിവയഹ ഇത്യാദി വാദോപരതിഹി യസ്യത നിർവൃത്തിഹിയിൽ ഒരാളെ കണ്ടാ ഉടനെ എവിടുന്ന് വരണു ചോദിക്കും എന്താ ജാതി ഇപ്പൊ നമ്മള് ജാതിയൊന്നും ചോദിക്കില്ല പണ്ടാണെങ്കിൽ ചോദിക്കും എവിടുന്ന് വരണു എന്താ ജോലി ആദ്യത്തെ ചോദ്യം ഇപ്പൊ വ്യവഹാരത്തിൽ മുഴുവൻ ഞാൻ കാണുന്നത് എങ്ങനെയുള്ള ആണെങ്കിൽ എന്ത് ചെയ്യണു പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതിൽ ചിലപ്പോ അവർക്ക് പാവം ശരിക്കും ജോലിയില്ലെങ്കിൽ അത് പറയാനേ കഷ്ടമായിരിക്കും നമ്മൾ ചോദിച്ചാൽ അതൊരു വിഷമം അല്ലേ പിന്നെ വേറെ ചിലരുണ്ട് അവർ ആരാ ചോദിക്കുക എന്ന് കാത്തുകൊണ്ടേയിരിക്കും അവരുടെ കാര്യം പറയാൻ തകരപ്പെട്ടി കൊട്ടാനായിട്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പറയാൻ തുടങ്ങും അവരുടെ കാര്യം അവരുടെ മക്കളുടെ കാര്യം അവരുടെ പേരകുട്ടികളുടെ കാര്യം അവർ ചെയ്തിരുന്ന ജോലിയുടെ സമ്പത്ത് ഒക്കെ പറയും ചോദിച്ചിട്ടില്ലെങ്കിലേ പറയും കുറെ നേരം ചോദിക്കുവോന്ന് നോക്കും നമ്മളായിട്ട് ചോദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവരായിട്ട് പറയും അപ്പോ ഇതിന് ഇങ്ങനെ വർത്തമാനം ഇങ്ങനെ വികസിച്ച് വികസിച്ച് വരും ഇങ്ങനത്തെ വാദങ്ങളൊക്കെ ആര് വേണ്ടാന്ന് വെക്കണോ അതായത് ചോദിക്കണില്ല ഒരു വ്യവഹാ വ്യാവഹാരികമായ ഒരു ചോദ്യവും ആരോടും വരൂ എന്ന് പറയണില്ല പോകൂന്ന് പറയണില്ല ഇരിക്കൂന്ന് പറയണില്ല ഇങ്ങനെ ആർക്കില്ലയോ തസീവ നിർവൃത്തി അവന് മനസ്സിന് നല്ല ശാന്തി ഉണ്ടാവും ശാന്തി ഉണ്ടാവും വ്യാവഹാരികമായ ചിത്തവൃത്തികളൊന്നും ഉണ്ടാവില്ല എന്നാണ് അപ്പൊ ഇത്തരം ചിത്തവൃത്തികളൊക്കെ ശമിച്ചാൽ പതുക്കെ ആസനം ഏകാന്തത്തിലിരിക്കാം അലയുന്ന മനസ്സിനെ ഏതെങ്കിലും ഒരു രൂപത്തിലോ ഇവിടെ പട്ടതിരി പറഞ്ഞ താരമനും താരമനു താരം അന്തരനുചിന്യന്തം പ്രണവത്തിനെ ധ്യാനിക്കാം പുറത്തേക്ക് അല്ലെങ്കിൽ നടക്കണ മനസ്സിനെ മന്ത്രജപത്തിലേക്ക് കൊണ്ടുവരാം ഏതെങ്കിലും മന്ത്രം ജപിക്കുന്നെങ്കിൽ അതിലേക്ക് കൊണ്ടുവരാ അല്ലെങ്കിൽ ഭഗവാന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരാ പ്രസാദാഭിമുഖം ശശ്വത് പ്രസന്നവതനെ ക്ഷണം സുനാസം സുഭ്രുവം ചാരു കപോലം സുരസുന്ദരം തരുണം രമണീയാം അരുണോഷ്ടേക്ഷണാധരം പ്രണതാശ്രയണം നൃംയം കരുണാർണവം ശ്രീവത്സാംഗം ഘനശ്യാമം അങ്ങനെ ഭഗവാന്റെ ആ ദിവ്യരൂപത്തിനെ ഉള്ളിൽ അങ്ങനെ ധ്യാനിക്കാം അങ്ങനെ മനസ്സിനെ ധ്യാനിച്ച് ധ്യാനിച്ച് എപ്പോയെപ്പോ മനസ്സ് പുറത്തേക്ക് പോകണോ മനസ്സ് നിൽക്കണില്ല എന്താ മനസ്സ് എത്രയോ ജന്മമായി അങ്ങനെ പഠിച്ചിരിക്കുന്നു പുറത്ത് തെണ്ടി തെണ്ടി പഠിച്ചിരിക്കണം ആ തെണ്ടണ മനസ്സിനെ വലിച്ചുകൊണ്ടുവന്ന് ഇരുത്തണം എതോ എതോ നിശ്ചരതി മനശഞ്ചലമസ് അങ്ങനെ അഭ്യസിക്കുമ്പോ കുറെ കാലം കൊണ്ട് പഴക്കപ്പെട്ടു വരും ഇപ്പൊ പുറത്തേക്ക് അയച്ചയച്ചു പഠിച്ചിരിക്കണു അല്ലെ ചെറുപ്പ് ജനിച്ചത് മുതൽ ആരെങ്കിലും നമുക്ക് പറഞ്ഞു മനസ്സിനെ അകത്ത് ധ്യാനിക്കണം ഇല്ല ആദ്യം പുറത്താണ് അല്ലെ കു കുട്ടി മൂന്ന് മാസമായാൽ തന്നെ എന്ത് ചെയ്യും കിളി കിലിഗിലെന്ന് കാണിക്കും അപ്പൊ മുതൽ കുട്ടി തുടങ്ങും പുറത്തേക്ക് നോക്കാൻ അതാ അവര് ഇവര് അങ്ങനെ എങ്ങനെയെന്ന് വന്ന് കാണിച്ചു കൊടുത്ത് നാമരൂപങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നു നമ്മൾ അല്ലേ കാണിച്ചു കൊടുത്ത് അങ്ങനെ ആകർഷിക്കും വാസ്തവമല്ലാത്ത വസ്തുക്കളെ പറഞ്ഞുകൊടുക്കും കുട്ടികൾ അപ്പൊ ഇങ്ങനെ പുറമേക്ക് ആകർഷിച്ചിട്ടാണ് അതിനെ പതുക്കെ കൊണ്ടുവന്ന സ്വരൂപത്തിൽ നിർത്താം ദിവ്യൂപത്തിൽ ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിപ്പിക്കാം താരമന്ത്നുചിന്യ സന്തതം ും അഭിയമ്യ നിർമ്മ ഇന്ദ്രിയാണി വിഷയാഹൃത്യാസ്മഹേതുപാസനോന്മുഖ പുറമേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ പതുക്കെ ഉള്ളിൽ തിരിച്ച് അശ്രമം മനസ്സി ചിന്തയാമഹേ ഭഗവാന്റെ രൂപത്തിനെ കുറെ കാലം ധ്യാനിച്ചു കഴിഞ്ഞാൽ ശ്രമം ഉണ്ടാവില്ല ആദ്യമൊക്കെ കുറച്ച് ശ്രമം ഉണ്ടാവും കാല് മുതൽ എങ്ങനെ ധ്യാനിച്ചു തുടങ്ങുമ്പോ കുറച്ച് കാല് തെളിഞ്ഞു കിട്ടും പിന്നെ തെളിഞ്ഞു കിട്ടില്ല കൊറേ കഴിയുമ്പോ ഏകാന്തത്തിൽ പരിശീലിച്ചാൽ ആ ഭഗവാന്റെ ശങ്കചക്ര ഗതാപാണിയായി നീലമേഘ ശ്യാമളനായി പീതാംബരധാരിയായി ഊർധ്വപുണ്ടത്തോടുകൂടെ കരുണ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളോടുകൂടെ മന്ദഹാസത്തോടുകൂടെ ആർദ്രമായ മന്ദഹാസത്തോടുകൂടെയുള്ള രൂപം ഹൃദയത്തിലങ്ങനെ തേജോ നിബിടതര തരകളായാവലി ലോഭനീയം തേജസ് തെങ്ങി നിൽക്കുന്ന ഹൃദയത്തില് ഭഗവാന്റെ ആ ദിവ്യരൂപം ഹൃദയത്തില് പ്രകാശിച്ചു വരും അങ്ങനെ ഹൃദയത്തില് പ്രകാശിച്ചു വരുമ്പോ മതി മതയത്തെ രോമാഞ്ചയത്യംഗകം ബുദ്ധി തന്നെ അങ്ങനെ ലഹരി പിടിക്കും ആ ദിവ്യരൂപത്തിനെ കണ്ട് ആനന്ദ ലഹരി മനസ്സിനേർപ്പെടും അതങ്ങനെ ധ്യാനിക്കും തോറും കൂടുതൽ കൂടുതൽ കൂടുതൽ ധ്യാനത്തില് ലഹരി പിടിക്കും ഈ ജീവന് അങ്ങനെ ധ്യായതം സകല മൂർത്തി മീദൃശിം ഉന്മിഷൻ മധുരതാഹൃതാത്മനാം സാന്ദ്രമോദര സ്വരൂപമാന്തരം ബ്രഹ്മരൂപമൈദേവഭാസത്തെ ഇങ്ങനെ രൂപത്തിനെ ധ്യാനിച്ച് ധ്യാനിച്ച് ഒരു ഘട്ടത്തിൽ വരുമ്പോ ഈ രൂപം മറഞ്ഞു പോവും ഈ രൂപം ഉള്ളിൽ നിന്നങ്ങോട് മറഞ്ഞു പോവും രൂപം മറഞ്ഞു പോകുമ്പോ കൃഷ്ണനെ കുറെ കാലം ധ്യാനിച്ചു കുറച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ ഓടിപ്പോവും ഗോപസ്ത്രീകളോട് അങ്ങനെയാ ചെയ്തത് ഭഗവാൻ അതുപോലെ നമ്മളോട് ഓരോരുത്തരോടും ചെയ്യും സകളരൂപത്തിനെ ധ്യാനിക്കുമ്പോ ഓ നിർഗുണബ്രഹ്മത്തിനെ ധ്യാനിക്കേണ്ട നിങ്ങള് സഗുണബ്രഹ്മത്തിനെ ധ്യാനിച്ചാൽ എന്ന് പറഞ്ഞ് ചിലർ വെറുതെ വിഷമം ഉണ്ടാക്കും വിഷമിക്കൊന്നും വേണ്ട സഗുണ ബ്രഹ്മത്തിനെ ധ്യാനിച്ചാൽ സഗുണബ്രഹ്മം തനിയെ മറഞ്ഞുപോയിക്കൊള്ളും ഒരു ഘട്ടം എത്തുമ്പോ സഗുണ ബ്രഹ്മം മറിഞ്ഞു പോയിട്ട് വേണം എന്ന് വെച്ചാൽ പോലും പിടിതരില്ല ചിലർക്കൊക്കെ വിഷമം ഉണ്ടായാലും അതിന് വഴി കാണിച്ചു തരാൻ ഗുരുവരും രാമകൃഷ്ണ ബ്രഹ്മവംശർക്ക് കാളിയുടെ രൂപത്തിനെ ധ്യാനിച്ച് ധ്യാനിച്ച് തോത്താപുരി വന്നു രാമകൃഷ്ണ ബ്രഹ്മംസരുടെ ഗുരു തോത്താപുരി ബ്രഹ്മോപദേശം ചെയ്തു രാമകൃഷ്ണദേവർക്ക് ദേവനെ എത്ര ചിന്തിച്ചാലും മനസ്സ് ബ്രഹ്മത്തിൽ നിർഗുണത്തിൽ നിൽക്കണില്ല ധ്യാനിക്കാൻ പറിവ്യൂപം മുമ്പിൽ വന്ന് നിൽക്കും അവസാനം തോത്താപുരി പറഞ്ഞു വിവേകം കൊണ്ട് കാളിയെ ബ്രഹ്മമാക്കി മാറ്റി കടന്നു പോകാൻ കാളിയുടെ രൂപത്തിനെയും ബ്രഹ്മരൂപമായി കണ്ട് ക്രമേണ അതിനെ ഛേദിച്ചു മുന്നോട്ട് പോയി എന്നാണ് നെറ്റിയില് ഒരു കുപ്പിച്ചില്ലുകൊണ്ട് കുത്തി കുത്തിയപ്പോ ആ വേദന ഉണ്ടായപ്പോ ഈ രൂപത്തിനെ കടന്നുപോയി അതൊക്കെ ആ രൂപത്തിനെ കടന്നുപോയി ചിലരൊക്കെ അങ്ങനെ രൂപത്തിൽ പിടിപെട്ടു പോയാൽ പോലും ഈശ്വരൻ ഏതെങ്കിലും വഴിക്ക് അവരെ അതിന്റെ അപ്പുറം കൊണ്ട് എത്തിക്കും അപ്പൊ ഈ സഗുണമൂർത്തിയെ ധ്യാനിച്ച് ധ്യാനിച്ച് ക്രമേണ സാന്ദ്രമോദരസരൂപം അന്തരം സാന്ദ്രമായിട്ടുള്ള ആനന്ദം നിറഞ്ഞു നിൽക്കുന്ന രൂപം ബ്രഹ്മരൂപമയിതോസത്തെ ആ ദിവ്യരൂപം ഹൃദയത്തില് മറഞ്ഞ് മറന്നു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഈ സാധകൻ ആ ദശയിൽ ഒന്നിങ്ങനെ കിടന്നു നിൽക്കും ധ്യാനിക്കാൻ പറ്റണില്ലല്ലോ ധ്യാനിക്കാൻ പറ്റണില്ലല്ലോ അപ്പൊ ഉള്ളിൽ വരണ ഭഗവാൻ പറയും ധ്യാനിക്കാൻ പറ്റണില്ലെങ്കി അവിടെ എന്തുണ്ട് ഏഹ് എനിക്ക് ധ്യാനിക്കാൻ പറ്റണില്ലല്ലോ ആ രൂപം പോയി പിന്നെ എന്തുണ്ട് വേറെ ഒന്നുമില്ല ബാക്കിയുള്ള ചിത്തവൃത്തികളൊക്കെ പോയി കൃഷ്ണന്റെ രൂപവും പറഞ്ഞു അപ്പൊ അവിടെ എന്തുണ്ട് ഈ ധ്യാനം ചെയ്യണ ആളവിടെയുണ്ട് അപ്പോ അപ്പൊ ധ്യാനിക്കണവൻ ആരാണോ അവനെ പിടിക്കാം ധ്യാനിക്കണ ഞാൻ എല്ലാ ധ്യാനത്തിനും ആശ്രയമായിട്ടുള്ള ബോധം അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകണില്ല എന്തിനെ ധ്യാനിക്കണമെങ്കിലും ധ്യാനിക്കണവൻ അവിടെ ഉണ്ടാവണം ആത്മാ രമണ മഹർഷി പറയും ധ്യാനിക്കല്ല വേണ്ടത് ധ്യാനിക്കണവനെ കണ്ടുപിടിക്കണം എന്നാണ് ധ്യാനിക്കണവൻ ആരാ അവനെ കണ്ടുപിടിക്കണം എന്നാൽ ഒരിക്കലും വിഷമിക്കേണ്ട ബാക്കിയൊക്കെ എന്തിനെങ്കിലും ധ്യാനിക്കുമ്പോഴൊക്കെ വന്നിട്ട് പോകും പക്ഷെ ധ്യാനിക്കണവൻ എപ്പോഴും ഉണ്ട് ധ്യാനരൂപങ്ങളൊക്കെ വന്നിട്ട് പോകുമ്പോഴും ധ്യാനിക്കണവൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല അതാണ് സമാധി സമാധി എന്ന് വെച്ചാൽ എന്താണ് ആത്മജ്ഞാനം ബാക്കി ദർശനങ്ങളൊക്കെ വന്നിട്ട് പോകും ദർശനങ്ങളൊക്കെ വന്നിട്ട് പോകും യോഗസമാധി പോലും വന്നിട്ട് പോകും പക്ഷെ എപ്പോഴും ഉള്ളത് എന്താണ് ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ബോധം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകണേയില്ല അതാണ് അഹമാത്മാ ഗുഢാകേശ സർവഭൂതാശയസ്ഥിത അഹമാതിശ്യമധ്യം ചൂതാനാമേവച് ഞാൻ ആത്മാവാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും അർജുന താൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ തന്റെ ഉള്ളിൽ ആത്മാവുമായിട്ടുണ്ട് താൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടാവും ഈ അർജുനൻ എന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ ഇടയിൽ വന്നിട്ട് പോകണത് പക്ഷെ ഞാനോ അർജുനന്റെ ഉള്ളിൽ സദാ ഉള്ള വസ്തു എന്നിലാണ് അർജുനൻ എന്നുള്ളത് പോലും ഭാസിക്കണത് അപ്പോ ശാശ്വതമായുള്ള ആത്മാ പ്രകാശിക്കും അതാണ് സമാധി തത്സമാസ്വാദന രൂപിണീം സ്ഥിതി തത്സമാവദന രൂപിണീം സ്ഥിതിസമാധി മി വിശ്വനായകുനര പരിച്ഛുത ആരഭേ മഹിജാരണാധികം ഈ സമാധി പലപ്പോഴും ദൃഢമാവില്ല ഇവിടെ പട്ടത്തിരി പറയണത് യോഗസമാധിയാണ് യോഗസമാധി അങ്ങനെ പോയിട്ട് ഉയർന്ന തലത്തിൽ നിന്ന് പിന്നിയും വീഴും വീണാൽ പിന്നീന്താരണാധ്യാനം എന്ന് പറഞ്ഞു തുടങ്ങണം ഇങ്ങനെ മേപ്പെട്ടു പോവുക ചോട്ടില് വരിക പോവുക ചോട്ടില് വരിക ഇങ്ങനെ ഇരിക്കുമ്പോ അവസാനം സദ്ഗുരു വന്നിട്ട് പറയും ഈ പോക്കും വരവുമൊന്നും തന്റെ സ്വരൂപമല്ല ശാശ്വതമായി എന്തുണ്ടോ അതാണ് തത്വമസി ഒരിക്കലും ഇനി ചലനമില്ലാത്ത സ്ഥിതിയിലെത്തിക്കാൻ സർവേശ്വരൻ ഗുരുവിന്റെ രൂപം വരും അതാണ് ബ്രഹ്മാവിനുണ്ടായതേ ബ്രഹ്മാവ് തപസൊക്കെ ചെയ്തു തപസുകൊണ്ടൊന്നും ശാശ്വതമായ ശാന്തി ഉണ്ടായില്ല ശാന്തി ഉണ്ടായത് ഭഗവാൻ ഉപദേശിച്ചപ്പോഴാണ് ഭഗവാനോട് പറഞ്ഞു ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു ബ്രഹ്മാവേ സർവവും ഭഗവത് സ്വരൂപം ഭഗവാനല്ലാതെ ഇവിടെ ഒന്നുമില്ല ഇതറിഞ്ഞ അങ്ങക്ക് സൃഷ്ടികർമ്മം ഒന്നും ചെയ്താലോ അഹങ്കാരം ഉണ്ടാവില്ല ഈ യോഗപരിശീലനം കൊണ്ടൊക്കെ ചിത്തം ശുദ്ധമാവും ചിത്തം ശുദ്ധമായി കഴിഞ്ഞാൽ കുറെ ജപം ചെയ്താൽ തന്നെ മതിയൊക്കെ യോഗ സാധനയൊക്കെ പറഞ്ഞുവല്ലോ ഇതൊന്നും ആലോചിച്ച് പേടിക്കേണ്ട ഇനിയിപ്പോ ഈ പ്രാണായാമമോ ധാരണയോ ആസനമോ ഒന്നും വേണ്ട നാമജപം മാത്രം മതി ശ്രദ്ധയോടെ ജപം വെറുതെ ആയതുകൊണ്ട് ജപിച്ചുകൊണ്ട് നാട്ടുവർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാ പോരാം ജപിക്കണം എന്ന് പറഞ്ഞാൽ ചിലർ ജപമാലിയും വെച്ചുകൊണ്ട് ടിവിയുടെ മുമ്പിൽ ഇരിക്കും അങ്ങനത്തെ വിട്ടിത്തൊന്നും ചെയ്ത് പോരും അപ്പൊ ജപം ശ്രദ്ധയായ ഏകാന്തത്തിലിരുന്ന് നാമജപം ചെയ്താൽ തന്നെ മതി ബാക്കി സമാധി ഇതൊക്കെ ഇപ്പൊ നാരായണീതലും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അത്രേ എളുപ്പമായി ഭഗവാനെ പ്രാപിക്കാം യജ്ഞാനാം ജപയജ്ഞോസ്മി താമജപം ചെയ്താൽ മതി ഏകാന്തത്തിലിരുന്ന് ഏതെങ്കിലും ഒരു നാമത്തിനെ നിരന്തരം ഉരുവിടാം മനസ്സുകൊണ്ടും ജപയോഗ സുധാനിധി എന്ന് പറഞ്ഞൊരു പുസ്തകം ആ പുസ്തകം ഇതിനു മുമ്പ് ഇവിടെ പനമ്പള്ളി നഗറില് സപ്താഹം നടക്കുമ്പോഴൊക്കെ അതിന്റെ രചനയായിരുന്നു ജപം ചെയ്യാനുള്ള മാർഗങ്ങളെ വിസ്തരിച്ച് പ്രതിപാദിച്ച് അനുഷ്ടിപ്പ് വൃത്തത്തിൽ ലളിതമായ ശ്ലോകങ്ങള് മലയാളം അറിയണവർക്ക് തന്നെ സംസ്കൃതമാണെങ്കിലും വായിച്ചാൽ മനസ്സിലാവും ഇംഗ്ലീഷിലെ അർത്ഥത്തോടുകൂടെ പുസ്തകമുണ്ട് വേണമെന്നുള്ളവർക്ക് അത് വാങ്ങിക്കാം ഇവിടെ ഉണ്ട് ചെറിയ പുസ്തകം ജപയോഗ സുധാനിധി എന്ന് പറഞ്ഞു നൂറ്റി പതിനഞ്ച് ശ്ലോകത്തോളം ആയിട്ട് ജപത്തിന്റെ സമ്പ്രദായം ജപം എങ്ങനെയൊക്കെ ചെയ്യാം നാമജപം മന്ത്രജപം എങ്ങനെയൊക്കെ ചെയ്യാം ജപയോഗം കൊണ്ട് തന്നെ ആത്മസാക്ഷാത്കാരം ഉണ്ടാവും അനേക വിചാരങ്ങൾ വികാരങ്ങളായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഭഗവാന്റെ ഒരേ നാമത്തിൽ നിർത്ത് അതും നിർബന്ധിച്ച് നിർത്തുമെന്നു വേണ്ട ജപിച്ചുകൊണ്ടേയിരുന്നാൽ ക്രമേണ മനസ്സ് പിടിച്ചോളും അല്ലാതെ മനസ്സിൽ നിർബന്ധിച്ച് ജപം കൊടുക്കുമെന്നും വേണ്ട വാചികമായി ജപിച്ച് പരിശീലിച്ചാൽ ക്രമേണ മനസ്സ് മാനസീജപമാവും അത് മാനസിക ജപമായി ആ മനസ്സ് അടങ്ങി ഈശ്വര ആത്മസാക്ഷാത്കാരം ഉണ്ടാകും എപ്പോഴും ജപിച്ച് പരിശീലിക്കണം അടുക്കളയിൽ പണി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും ഒക്കെ പരിശീലിക്കണം ആ പരിശീലിക്കുന്നതിനോടൊപ്പം തന്നെ കാണുന്നതൊക്കെ ആ നാരായണന്റെ സ്വരൂപം എന്നും കൂടെ കൂട്ടിച്ചേർക്കണം അപ്പൊ ഈ ജപിക്കുമ്പോൾ മനസ്സടങ്ങാൻ എളുപ്പം ആരോടെങ്കിലും ഒക്കെ വെറുപ്പ് തോന്നിയാൽ അവര് സാക്ഷാത് നാരായണ സ്വരൂപം ആരോടെങ്കിലും ഒക്കെ ആസക്തി തോന്നിയാൽ ഇത് രണ്ടുകൊണ്ടാണല്ലോ മനസ്സലിയാ നോക്കിക്കോളെ ഇതല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല ജീവിതത്തില് കുഴപ്പത്തിന് മുഴുവൻ കാരണം രാഗം ദ്വേഷം ഇത് രണ്ടും പോയാൽ വിഷപ്പല്ല് പറിച്ചെടുത്ത പാമ്പിനെ പോലെയാണ് മനസ്സ് പിന്നെ ദുഷി ഒന്നും ശിവനെ പോലെ കഴുത്തിലിട്ട് നടക്കാം രാഗദ്വേഷം പോയാൽ വിഷയങ്ങളെ അനുഭവിച്ചാൽ പോലും കുഴപ്പം പറ്റില്ല ഈ രാഗദ്വേഷമാണ് കുഴപ്പം ഒന്നിനോട് വെറുപ്പം ഒന്നിനോട് ആസക്തി ഒന്ന് വേണം എന്ന് നിർബന്ധം ഒന്നു വരാൻ പാടില്ല എന്ന് നിർബന്ധം ഇത് രണ്ട് എടുത്തു കളഞ്ഞാൽ എന്തുമായിക്കോട്ടെ വരണതൊക്കെ വരട്ടെ പോകണതൊക്കെ പോകട്ടെ ആ ഭാവം ഉള്ളിലുണ്ടെങ്കിൽ തന്നെ മനസ്സടങ്ങി കിട്ടും അതിനോടൊപ്പം ഭഗവാന്റെ നാമത്തിന് ഇഷ്ടമുള്ള നാമത്തിന് ഏത് നാമമാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ആ നാമത്തിനെ ധാരമുറിയാതെ ജപിച്ചു പരിശീലിക്കുക ഈ ജപം കൊണ്ട് ശരീരത്തിലുള്ള ഓരോ കോശങ്ങളും ശുദ്ധമാവും രക്തം ശുദ്ധമാവും പ്രാണവായു ശുദ്ധമാവും ആരോഗ്യം നന്നാവും മനസ്സ് ശുദ്ധമാവും ബുദ്ധിക്ക് തെളിച്ചം കൂടും ആനന്ദം ഉണ്ടാവും സമയം പോണത് നേരം പോണില്ല എന്നുള്ള കുഴപ്പമുണ്ടാവില്ല കുറെ കഴിയുമ്പോൾ ജപിച്ചു തുടങ്ങുമ്പോൾ ചിലപ്പോ ഒരു പതിനാറ് വയസ്സ് ഇരുപത് വയസ്സിൽ ജപിച്ചു തുടങ്ങിയതാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കാണാം അയ്യോ ആരോ പറഞ്ഞു ശതാഭിഷേകമാണോ എന്ന് പറയും അത്രേ അറിയുള്ളൂ കാലം പോയത് അറിയില്ല രസം കണ്ടെത്തിയവർക്ക് സമയം പോണത് അങ്ങനെ ഭഗവന്നാമത്തിനെ ജപിച്ചുകൊണ്ട് സദാ രസിച്ചുകൊണ്ടിരുന്നാൽ ജഗത്ത് മുഴുവൻ പ്രളയമാവും പ്രളയമാവുക എന്ന് വെച്ചാൽ ആത്യന്തികമായ പ്രളയം എന്ന് പറയുന്നത് മുക്തിയാണ് ശരീരം ഉള്ളപ്പോ തന്നെ പ്രളയം ശരീരം ഉള്ളപ്പോ തന്നെ മരണത്തിന് മുമ്പ് തന്നെ ഇവിടെ പ്രളയം നാമരൂപങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇല്ല കാരണം ഒന്നും ഉള്ളിൽ സ്ഥാനം പിടിക്കണില്ല ഇത്രയും പേര് മുമ്പിൽ ഉണ്ടെങ്കിലും ഇവരാരും ഇല്ലാന്ന് നല്ല ഉറപ്പും സത്സംഗം ഇവിടെ ഏഴു ദിവസം നടന്നിട്ട് ഒന്നും നടന്നിട്ടില്ല എന്നുള്ള ഭാവം എന്തൊക്കെ പ്രവർത്തിച്ചാൽ എന്ന് വെച്ചാൽ അതിനെ കുറിച്ചുള്ള പിന്നീട് ഒരു വിചാരമോ അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അത് നമ്മളുടെ ഉള്ളിൽ കടന്നിട്ട് വല കുഴപ്പമുണ്ടാക്കുകയോ ഭാവനയിൽ കടന്നിട്ട് വല്ല വിഷമം ഉണ്ടാക്കുകയും ഒന്നും ചെയ്യണില്ലെങ്കിൽ ലോകം പ്രളയമായി കഴിഞ്ഞു എത്രയൊക്കെ വ്യവഹാരം ചെയ്തിട്ടും കുടുംബത്തിൽ ഇരുന്നിട്ടും കുടുംബത്തിൽ എന്തൊക്കെ നടന്നാലും അതൊന്നും ഉള്ളിൽ കയറി ഒരു കുഴപ്പമുണ്ടാക്കണില്ലെങ്കിൽ പുറമേക്ക് എന്തൊക്കെ തന്നെ ഇരുന്നാലും ഉള്ളിൽ കയറണേ ഇല്ലെങ്കിൽ പ്രളയമായി കഴിഞ്ഞു ഉള്ളിൽ ആത്മാവ് മാത്രം പുറമേക്ക് യുദ്ധം തന്നെ ചെയ്യാം എന്നാലും ഒന്നും ചെയ്തോന്നും തോന്നണില്ല ഒന്നും ചെയ്തതൊന്നും ഉള്ളിൽ ബാധിക്കണില്ലെങ്കിൽ പ്രളയമായി കഴിഞ്ഞു അതാണ് ആത്യന്തികമായ ശരിയായ പ്രളയം മുക്തി എന്നുള്ളത് അങ്ങനെയുള്ള പ്രളയം ഏർപ്പെട്ടാൽ ഈ ജീവന് പിന്നെ എന്തുമാവാം അത്തരം പ്രളയം അദ്വൈത ജ്ഞാനം കൊണ്ടേ ഉണ്ടാവും അദ്വൈതജ്ഞാനം എന്ന് വെച്ചാൽ പേടിക്കൊന്നും വേണ്ട അദ്വൈതജ്ഞാനം എന്ന് വെച്ചാൽ ഈശ്വരനെ ഉള്ളൂ എന്നുള്ള ഓർപ്പ് ഈശ്വരനല്ലാതെ ബാക്കി തോന്നണതൊക്കെ വെറും നാമരൂപം വെറും മായാപ്രകടനം ഒന്നും കാര്യം ഒക്കെ വരും നമ്മളുടെ മുമ്പ് കളിക്കും പോകും നമ്മളും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കളിച്ചിട്ട് പോകും ഇവരാര് ശാശ്വതമല്ല ഇവിടെ ആരോടും ശാശ്വതമായ ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ല ശാശ്വതമായ ബന്ധം സ്ഥാപിച്ച് സുഖിക്കാൻ പറ്റില്ല ഒക്കെ പോകും അതുകൊണ്ട് എന്തിന് ഇതൊക്കെ നാടകം പോലെ നടക്കട്ടെ ഒന്നും വാസ്തവം എന്നുള്ള വിചാരമില്ല വാസ്തവം ആത്മാത്രം ആത്മാവിനെ പിടിപെടാതെ ഇരിക്കണു ആത്മാവ് ഒന്നു മാത്രം ഉണ്മയായ വസ്തു ആത്മാവാണ് ഞാൻ അതുമാത്രം ഉണ്മയായ വസ്തു ആ ഉണ്മയായ വസ്തുവിൽ നാമരൂപങ്ങൾ ഇങ്ങനെ വന്നും പോയും കൊണ്ടിരിക്കുന്നു ഒന്നിനോടും ഒരു ബന്ധവും ഇല്ലെങ്കിൽ മനസ്സ് സദാശാന്തി ആ ശാന്തി പെരുത്ത് പെരുത്ത് പെരുത്ത് പെരുത്ത് വരും പെരുത്ത് പെരുത്ത് വന്നാൽ അവസാനം വേറെ ഒന്നിനെയും അത് ഉള്ളിൽ പ്രവേശിപ്പിക്കില്ല ദ്വൈതത്തിനെ പ്രവേശിപ്പിക്കില്ല രാഗദ്വേഷങ്ങളെ പ്രവേശിപ്പിക്കില്ല ദുഃഖത്തിനെ പ്രവേശിപ്പിക്കില്ല അത്തരത്തിലുള്ള അവസ്ഥയാണ് സമാ ജീവൻ മുക്തി എന്ന് പറയണത് മുക്തി എന്ന് പറയണത് അത്തരം മുക്താവസ്ഥയാണ് ആത്യന്തികമായ പ്രളയം ആ പ്രളയത്തിനുള്ള യാത്രയാണ് ഭാഗവതമെ അങ്ങനെ ആരംഭം മുതൽ തുടങ്ങുമ്പോ ഓരോ ഘട്ടത്തിൽ ഓരോ അസുരന്മാരെ കൊന്നുമേപ്പെട്ടു പോകണം അങ്ങനെ അടിവേരില് ചട്ടില് നീചമായ തലത്തിൽ കിടക്കുമ്പോഴും അവിടെ മനുഷ്യൻ ആസക്തി ഉണ്ടാവും കാഞ്ചനത്തിനോട് സ്വർണത്തിനോട് ലോക വിഷയങ്ങളോട് കാമ കാഞ്ചന ത്യാഗം അങ്ങനെ കാഞ്ചനനെ കണ്ണു വെച്ചു കൊണ്ടിരിക്കണവനാണ് ഹിരണ്യാക്ഷൻ ഹിരണ്യത്തില് കണ്ണ് അക്ഷം വെച്ചുകൊണ്ടിരിക്കണവൻ ഹിരണ്യാക്ഷൻ ഹിരണ്യം കൊണ്ട് കട്ടിലുണ്ടാക്കി സുഖിക്കണവൻ ഹിരണ്യ കശുപു ഭോഗി അങ്ങനെയുള്ളവര് രണ്ടുപേരും എങ്ങനെ ജനിച്ചു വൈകുണ്ഠത്തിൽ കാവൽ നിന്നവരാണ് അവർക്കുള്ളിൽ ആസക്തി ഉണ്ടായിരുന്നു വാസന വൈകുണ്ഠത്തില് ഭഗവാന്റെ കാവൽക്കാരായിരുന്ന ജയവിജയന്മാര് നമ്മൾ പലപ്പോഴും യോഗ്യതയില്ലാത്ത സ്ഥലത്തൊക്കെ പോസ്റ്റ് കിട്ടും നമുക്ക് പക്ഷെ വാസന ഈ അത് എന്തെങ്കിലും പൊന്തി സത്സംഗം രണ്ടു വിധത്തിലും ഉപയോഗപ്പെടും മഹാത്മാക്കളുടെ സന്നിധിയിൽ പക്വമായിട്ടുള്ളവർക്ക് ജ്ഞാനമുണ്ടാവും അപക്വികൾക്കുള്ളിൽ എന്തൊക്കെ ദുർവാസന ഉണ്ടോ അതൊക്കെ വേഗം പൊന്തി പുറത്തു വരും ജ്ഞാനികളുടെ സന്നിധിയിൽ പൊന്തി പുറത്തു വന്ന് വേഗം അതൊക്കെ അനുഭവിച്ചു തീരും അങ്ങനെയും ഉണ്ട് അപ്പൊ വൈകുണ്ഠത്തിലേക്ക് വിഷ്ണുവിനെ കാണാൻ ചെന്ന സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാരൻ എന്നുള്ളവരെ ഇവർ തടുത്തു അസുരന്മാരായിട്ട് രാ ജനിക്കാണോ ശപിച്ചു ഭഗവാനും അതിനെ അനുമോദിച്ചു ഭഗവാൻ പറഞ്ഞു ഇവർക്ക് വാസനയുണ്ട് പോയിട്ട് വരട്ടെ ഭൂമിയിൽ പോയി മൂന്ന് ജന്മം ജനിച്ചിട്ട് വരട്ടെ പക്ഷെ മഹാത്മാക്കളുടെ ആശീർവാദം കൊണ്ട് ഇവർ മൂന്ന് ജന്മത്തിലെ വേഗം തിരിച്ചുപോയി മൂന്ന് ജന്മം കൊണ്ട് അവസാനിച്ചു അവരുടെ ആ വാസനയൊക്കെ അത്ര ഭയങ്കരമായി പുറത്തു വന്നു ചിലർക്കൊക്കെ വാസന ഭയങ്കരമായി പുറത്തു വരും മറ്റുള്ളവരൊക്കെ കണ്ടാ തോന്നും നല്ല കുലത്തിൽ ജനിച്ചവരായിരിക്കും ചിലപ്പോ അതുപോലെ ഇവർ നല്ല കുലത്തിൽ ജനിച്ചവരാണ് യശിവ പ്രജാപതിയുടെ കുലത്തിലാണ് ഹിരണ്ാക്ഷനും ഹിരണ്യകശുവും ജനിച്ചത് എന്നിട്ട് ഭയങ്കരമായ അസുരവാസന അസുരവാസനയോടുകൂടെ ഭൂമിയെ വെള്ളത്തിലാഴ്ത്തി ഭൂമി ഇങ്ങനെ സൃഷ്ടിക്കാലത്തിൽ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ബ്രഹ്മാവ് ഇതിനെ ഉയർത്താൻ എന്താ വഴി എന്ന് ആലോചിക്കണ സമയത്ത് ബ്രഹ്മാവിന്റെ മൂക്കിന്റെ ഉള്ളിൽ നിന്നും ഒരു കൊച്ചു വരാഹം പുറത്തേക്ക് വന്നു വരാഹം പുറത്തേക്ക് വന്നു അത് ക്രമേണ വലുതായി ഭീമാകാരമായിട്ട് നിന്നു സാളഗ്രാമശില പോലെ നിന്നു എന്നാണ് വലുതായിട്ട് അങ്ങനെ വളർന്നു നിന്നു എന്നിട്ട് വരാഹമൂർത്തി ഓടി നേരെ യജ്ഞ വരാഹമൂർത്തിയെ ദേവതകളൊക്കെ സ്തുതിച്ചു വരാഹമൂർത്തി ഭൂമിയെ ഉദ്ധരിക്കാനായിട്ട് പോയി ഭൂമിയെ ഉദ്ധരിച്ചുകൊണ്ട് വരുന്നു ക്രോഡത്തിൽ വെച്ചുകൊണ്ട് വേദത്തിൽ തന്നെ പറയുന്നുണ്ട് ഇവിടെ ഭൂമിയെ ഉദ്ധരിക്കുക വെച്ചാൽ ഭൂമി തത്വത്തിനെ ശുദ്ധം ചെയ്യാം ഭൂമിതത്വം എന്നുള്ളത് നമ്മളുടെ ഏറ്റവും ചുവട്ടിലുള്ള സെന്ററാണ് മൂലാധാരത്തിലാണ് ഭൂമി മഹീം മൂലാധാര കമഭിമണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ടേ ഹൃദി മരുതമാകാശ മനോബിഭ്രൂമ്യേ സകലമപിഭിത് കുലപഥം സഹസ്രാരേ പത്മേ സഹ രഹസിപത്യാ വിഹരസേ മൂലാധാര ചക്രത്തിൽ നിന്നും ഈ ചിത്രത്തിനെ ഉയർത്തണം വളരെ ചളിയിൽ കിടക്കുന്ന അവസ്ഥ ആസനാമയമായ ചളിക്കുണ്ടിൽ കിടക്കുന്ന ഈ ജീവൻ അപ്പൊ ചളിയിൽ ഇറങ്ങണ ജീവി ആരാണ് പന്നി അപ്പൊ ഭഗവാൻ പന്നിയായിട്ട് തന്നെ വന്നു ചളിയിൽ കിടക്കണ ജീവിയായിട്ട് തന്നെ വന്നു അവിടുന്ന് പിടിച്ച് ഉയർത്തണമെങ്കിൽ ചളിയിൽ കിടക്കുന്ന ജീവിയായിട്ട് സംസാര സമുദ്രത്തിലൊക്കെ അടക്കണ ജീവനെ ഉയർത്താൻ എന്ത് വേണം സമുദ്രത്തിലുള്ള ജീവി വരണം അതുകൊണ്ടാണ് മത്സ്യമായിട്ട് വരാൻ പോണത് ഇവിടെ ചളിയിൽ കിടക്കുന്ന ജീവിയെ ഉയർത്താനായിട്ട് ഭഗവാൻ ഇവിടെ യജ്ഞവരാഹമൂർത്തിയായിട്ട് തന്നെ അവതരിച്ചു യജ്ഞവരാഹമൂർത്തിയായി അവതരിച്ച് ഭൂമിയെ വെള്ളത്തിൽ നിന്ന് പൊന്തിച്ചു അങ്ങനെ പൊന്തിച്ചുകൊണ്ട് വരുമ്പോ വഴിയിലെ ഹിരണ്യാക്ഷനെ കണ്ടു കിരണ്യാക്ഷം പറഞ്ഞു അയ്യേ ആരണ്യോയം മൃഗ ഇത് വെറും കാട്ടുമൃഗം ഭഗവാൻ പറഞ്ഞു അതെ അതെ ഞങ്ങളൊക്കെ കാട്ടുമൃഗം തന്നെയാണ് തന്നെ പോലെയുള്ള ഗ്രാമസിംഹങ്ങളെ ഞങ്ങൾ വേട്ടയാടും ഭാഗവതത്തില് ഭഗവാൻ പറഞ്ഞ ഗ്രാമസിംഹം എന്ന് വെച്ചാൽ കേൾക്കാൻ നല്ല രസം തോന്നും നായാന്നാണ് അർത്ഥം ഗ്രാമത്തിലുള്ള സിംഹം ഗ്രാമത്തിന്റെ തെരുവിലൊക്കെ ഇങ്ങനെ സിംഹമാണ് അതിന്റെ ഏരിയയിൽ വേറെ ആരും കിടക്കാൻ പാടില്ല ഈ ഗ്രാമസിംഹത്തിനെ വേട്ടയാടാൻ വന്നതാണ് എന്നിട്ട് വരാഹമൂർത്തിയായി ഭഗവാൻ ഹിരണ്യാക്ഷനോട് യുദ്ധം ചെയ്തു ഹിരണ്യാക്ഷനെ വധിച്ചു യജ്ഞപരാഹമൂർത്തിയെ ദേവതകളൊക്കെ സ്തുതിച്ചു അങ്ങനെ ഭൂമിയെ ഉദ്ധരിച്ച് യജ്ഞപരാഹമൂർത്തി യജ്ഞവരാഹമായി ഭഗവാൻ അവതരിച്ച് ഭൂമിയെ ഉദ്ധരിച്ച കഥയോടുകൂടെ നമ്മളുടെ ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിക്കുകയാണ് ഇതിന്റെ ഒക്കെ സന്ദേശമായിട്ട് നാളെ കപിലാവതാരം നമുക്ക് വരും ഭഗവാൻ കപിലനായി അവതരിച്ച് അമ്മയായ ദേവഹൂതിക്ക് ഭാഗവത രഹസ്യം ഭാഗവത തത്വം ഉപദേശിക്കുന്നതാണ് നമുക്ക് നാളെ രാവിലത്തെ പ്രഭാഷണത്തിന് അപ്പോ ഇവിടെ യജ്ഞപരാഹമൂർത്തിയായ ഭഗവാൻ ആരംഭം അതുകൊണ്ടാണ് ഭാഗവതത്തിൽ വരാഹാവതാരം തന്നെ ആരംഭം ചോട്ടനിന്ന് പോണം മേപ്പെട്ടിരിക്കും അങ്ങനെ നാളെ കപുലാവതാരത്തോടുകൂടെ ആരംഭിക്കാം നാളെ ഒമ്പത് മണിക്ക് ശേഷം തുടങ്ങാം ഇന്ന് കുറച്ച് നേരത്തെ തുടങ്ങി ആരംഭിക്കുന്നത് കൊണ്ട് എട്ടേ മുക്കാലിന് എട്ടരയ്ക്ക് തന്നെ തുടങ്ങി നാളെ ഒമ്പത് മണിയാവുമ്പോൾ തുടങ്ങാം ഒമ്പത് മണിക്ക് തുടങ്ങിയാൽ ഒമ്പതരയാകുമ്പോഴേക്കും സഹസനാമം കഴിയും ഒമ്പതരയ്ക്ക് പാരായണം തുടങ്ങും ഇന്ന് തുടങ്ങിയപ്പോൾ സർവത്ര ഗോവിന്ദനാമസി സത്യം ജ്ഞാനമനന്ത നിമം പരമാകാംഗണരിണലോലയാസം പരമായാസം മായാക്കതാരമ ഭു ഥമ പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദ പരമാനന്ദം ഭജോവിന്ദ പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം മൃത്സ്മത് സിഹേതി യശോദ लोकित താടനശൈവസന്ത്രസം യാവോകലോകോകർദലോകോകുരമൂല സ്തം ലോകോകമനോകം ോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം ഗോപാളം ഭുവിലീലാവി ോം കൂലോ ഖേല ഗോവർനധൃതലീലാളിതോ ഗോഭിന് നിഗദിത ഗോവിന്ദസ്ഫുടനമാനം ബഹുനമാനം ോധീഗോചരൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദ ഭജ ഗോവിന്ദ പരമാനന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദംദിന്ത ഗോചരം ദമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരുസ്ഹം സർ സുഖിന് സു നിരാമയാേ ഭദ്രാണി പശ്യൻ മാ കിത് ദുഃഖഭാച മനസേന്ദ്രി ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമി യംബരസ്മൈ നാരായ ഗോവിദീർത്തനം ഹരനമു പാർവതീപതേ